നമ്മള് എട്ടാമത്തെ ശ്ലോകമല്ലേ എട്ടാമത്തെ ശ്ലോകമല്ലേ ചൊല്ലിയത് എട്ടാം ശ്ലോകം ചൊല്ലി എന്റെ ഒരു ചെറിയ ആശയം പറയും അതിലജ്ഞാനവേള അജ്ഞാനവേളയിലും അസ്ഥി രണ്ടും എന്ന് പ്രയോഗിക്കുമ്പോൾ അജ്ഞാനവേള എന്നിവിടെ ഗുരുദേവൻ പറയുമ്പോൾ വിശേഷത്തിലറിയാത്തതും സാമാന്യത്തിലറിയപ്പെടുന്നതുമായ അജ്ഞാനത്തിന്റെ ആത്മബോധത്തിന്റെ അറിയപ്പെടാത്തതുമായ ആത്മബോധത്തിന്റെ വ്യവഹാരകാര്യത്തെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജാഗ്രത് സ്വപ്നം സുഷുദ്ധി ഇത് മൂന്നെണ്ണമാണ് വ്യവഹാരകാര്യങ്ങൾ അപ്പോ നമുക്ക് ശീലമുള്ള ബുദ്ധി എന്ന് പറയുന്നത് അതാണ് അടുത്ത അവസ്ഥ നമുക്ക് ശീലമുള്ളതല്ല അതുകൊണ്ട് ഈ അവസ്ഥകളിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് ഭയം തന്നെ ഉണ്ടാവും സാമ്പ്രദായികമായ വഴിയിൽ പഠിക്കാൻ തടസ്സം നിൽക്കുന്നതും സാമ്പ്രദായികമായ നിലയിൽ പഠിക്കാൻ പോയാൽ പഠിത്തം തുടരാനാവാതെ വരുന്നതും ഈ ഭയമാണ് വളരെ കുറച്ചു ദൂരെ സാമ്പ്രദായികമായ പഠനത്തിന് ഇറങ്ങി തിരിച്ചവർ പോവുള്ളൂ അതിനുള്ളിൽ ഞാൻ രാവിലെ പറഞ്ഞ മസാലയൊക്കെ മേടിക്കാൻ പോവും എത്ര കേമനം ഇതധിക ദൂരം പോകാനാവില്ല അത് കഴിയുമ്പോൾ ലൗകിക വ്യവഹാരങ്ങൾ പതിന്മടങ് ശക്തിയിൽ വരും പല കാരണങ്ങളും അതിന് പറയാം ലോകം ആവശ്യപ്പെട്ടിട്ടാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയാം ആത്മബോധത്തിൽ തുടരാൻ അത്ര എളുപ്പമില്ല അപ്പം അതുകൊണ്ട് അജ്ഞാനവേള എന്ന് ഗുരുദേവൻ പറയുമ്പോൾ വിശേഷത്തിൽ അറിയാത്തത്മാന്യത്തിൽ അറിയപ്പെടുന്നു അറിവിന് വിശേഷം സാമാന്യം എന്ന് രണ്ടു തലമുണ്ട് അതിന്റെ വളരെ സൂക്ഷ്മാർത്ഥത്തിൽ പഠിക്കണമെങ്കിൽ ശരകത്തിന്റെ चक्रवाणी व्याख्यनम भाष्यं पढ़ी अंत दीपिका व्याख्यनमे वाल भंगीट अब जाग्रत स्वप्नम सुषुक्ति इन नमुक शीलम्ल बुद्धिया നമ്മുടെ ബുദ്ധിയുടെ മൂന്ന് പരിണാമഭേദങ്ങളാണ് ആത്മാവുണ്ടെന്നും പ്രകാശിക്കുന്നു എന്നും രണ്ടറിവുണ്ട് ഉണ്ട് എന്നത് അസ്ഥി പ്രകാശിക്കുന്നു എന്നത് വിഭാതി ഇത് രണ്ടുമല്ലാതെ ഒരു പ്രിയം നമുക്ക് സുഖം ഈ മൂന്നനുഭവങ്ങൾ അസ്ഥി ഭാതി പ്രിയം ഇവിടെ അല്പം വാർത്തീകാരനെ സ്മരിക്കുന്നത് നല്ലതാണ് നമ്മൾ സൂചിപ്പിച്ചും തോന്നുന്നു കഴിഞ്ഞതിലുമുണ്ട് വാർത്തീകാരന്റെ ഒരു സൂചന ശ്രവണം ഭാമതീകാരൻ മനന നിധിധ്യാസനങ്ങളാണ് വേണ്ടതെന്ന് പറയുമ്പോൾ വാർത്തികകാരന്റെ മതം ശ്രവണം മതിയെന്നാണ് അതുകൊണ്ട് ഇന്ത്യയിൽ അദ്വൈത പാണ്ഡിത്യത്തിന് രണ്ട് ധാരകളും വചസ്പതി മിശ്രന്റെ മതവും വിവരണകാരന്റെ മതവും രണ്ടായി പിരിയുമ്പോൾ ഗൃഹസ്ഥ പണ്ഡിതന്മാർക്ക് ശ്രേഷ്ഠമായി തോന്നുന്നത് ഭാമതീകാരന്റെ മതമാണ് സന്യാസിമാര് വിവരണകാരന്റെ മതത്തെയാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് മാനിച്ചു പോരുന്നത് സാമ്പ്രദായിക ശ്രവണം വാർത്തികം ോധാത്മത്വേ നിത്യേ സിദ്ധേ പ്രതീച്ച ബോധരൂപവും മറ്റും ആത്മാവിൽ സിദ്ധമാകുന്നു ആത്മബോധവും പ്രകാശവും അനാത്മവസ്തുവിലും പ്രതിഫലിക്കുന്നുണ്ട് വൃത്തിഭേദം കൊണ്ട് അസ്ഥി ബാധി പ്രിയരൂപമാകുന്നു ഇത് इन वातिक मत व्याख्य आचार्य इन सत्ताोग्यम भानयोग्यम अर्थम पर अस्थि सत्ताोग्यम भादी भानयोग्यम ആത്മാവിൽ കർത്തൃത്വഭോക്തൃത്വങ്ങൾ ഇല്ല വ്യവഹാരത്തിലാണ് സത്യവും ജ്ഞാനവും സുഖവും വൃത്തിഭേദം കൊണ്ട് കാണിക്കുന്നത് അതാ നല്ലപോലെ അന്ധക്കരണത്തിന്റെ സൂക്ഷ്മവൃത്തിയെ ആ സൂക്ഷ്മവൃത്തിയെ കണ്ടുപഠിക്കണമെങ്കിൽ പ്രാണാഭ്യസനം അത്യന്താപേക്ഷിതമാണ് നല്ല ഗുരുവിനെ കണ്ട് പ്രാണനിൽ കാരണം പ്രാണനിൽ വരുന്ന ഓരോ മാറ്റത്തിലും വൃത്തി മാറും വൃത്തിജടരൂപമാണ് കാരണം അന്ധക്കരണം ജഡമാണ് അന്തക്കരണത്തിന് ചൈതന്യം നൽകുന്നത് പ്രാണനാണ് അതുകൊണ്ട് പ്രാണലയമാണ് ഇതിനനിവാര്യം ശാന്തൂകൃം അതുതന്നെയാണ് മനസ്സെന്ന് പറയുന്നു അല്ലയോ സൗമ്യ മനസ്സിതാകുന്നുവട്ടും അതുകൊണ്ട് അസ്ഥിഭാതിപ്രിയങ്ങൾ എല്ലാം ഇത് കാരണമാണ് വൃത്തിഭേദം കൊണ്ട് കാണിക്കുന്നത് സുഷുപ്തിയിൽ വ്യവഹാരമില്ലെങ്കിലും വിശേഷരൂപത്തിൽ അസ്ഥിഭാതിപ്രിയങ്ങളില്ലെങ്കിലും സാമാന്യരൂപത്തിൽ അസ്ഥിവാദി പ്രിയങ്ങളുണ്ട് അതാണ് എന്റെ തലഭേദം വിശേഷിച്ചതിന്നതാണ് എന്ന് പറഞ്ഞ് ഒരു സത്തയോ ഒരു പ്രകാശമോ വസ്തുവിനെ പ്രകാശിച്ചോ വസ്തുവിനോട് പ്രിയം തോന്നിയോ കാണുന്നില്ലെങ്കിലും സാമാന്യ രൂപത്തിൽ സുഖമറിയുന്നുണ്ട് വിഷയങ്ങളിൽ ഒന്നിനെയും അറിഞ്ഞില്ല എന്നറിയുന്നുണ്ട് ഒന്നിനെയും അറിഞ്ഞില്ല എല്ലാത്തിന്റെയും ബീജബോധമുള്ളതുകൊണ്ടാണ് അതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് അത് െന്ന് അറിഞ്ഞില്ല അത് പ്രകാശിച്ചു എന്നറിഞ്ഞില്ല എന്ന് ഒരറിവും പ്രകാശവും അതിലുപരി സുഖവും ഉണ്ടായിരുന്നു നല്ല സുഖമായിരുന്നു അവ സാമാന്യരൂപത്തിലുണ്ട് വിശേഷരൂപത്തിലില്ലാത്തതുകൊണ്ട് സുഖത്തിന് സൂക്ഷ്മത കൂടുതലുമുണ്ട് ജാഗ്രത്തിലെ സുഖങ്ങളെക്കാളെല്ലാം സുഖം സുഷുദ്ധിയിലെ സുഖമാണ് കാരണം ആ സുഖത്തിനു വേണ്ടി എല്ലാ വസ്തുക്കളും വേശിക്കും ഏറ്റുവാനൊരമ്പലത്തിൽ കയറി കഥകുത്തിപ്പൊളിച്ച് തങ്കവിഗ്രഹവും എടുത്തു പോന്നിട്ട് ഇഞ്ചക്കാട്ടിൽ കയറി ഉറക്കം വന്നപ്പോയി സൈഡ് വെച്ച് കിടന്നുറങ്ങിപ്പോയി കട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും ഉറങ്ങിപ്പോയാൽ എന്തും സംഭവിക്കാമെന്ന് തോന്നിയിട്ടും ഉറങ്ങിപ്പോയി ശരിയല്ല പത്ര ഒരു ദിവസം വായിച്ചാൽ പലരുടെയും ഭാര്യ പലവന്റെയും കൂടെ ഇറങ്ങിപ്പോവുകയും പലവന്റെയും പലവളുടെയും ഭർത്താവ് വേറെ പലരോടുമൊപ്പം പോവുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞിട്ടും നിങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടും കിടന്നുറങ്ങുന്നുണ്ടല്ലോ കടുകയ്യാണോ ഈശ്വരാണെന്ന് വിളിച്ചത് ഏ ഉദാഹരണം കടുകയ്യാണോ ഏ അല്ലെങ്കിൽ ഉറങ്ങാൻ ഇനി ഇന്ന് രാത്രി മുതൽ ഉറക്കം പോവെന്ന് എനിക്കറിയില്ല സ്വാമിജിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏ ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ വിശ്വസിച്ച് ഇവിടെ നിന്ന് ഉറങ്ങാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഉണരുപോന്നറിയില്ല ജനറലി ഉറക്കം വന്നാൽ അരിയില്ല ഭർത്താവില്ല മക്കളില്ല തിരുവനന്തപുരത്തുനിന്ന് വേണാട് എക്സ്പ്രസ്സിലേക്ക് അറിയാമതി രാവിലെ എട്ട് മണിക്ക് ചില ഉദ്യോഗസ്ഥകൾ അടുത്തിരിക്കുന്നവന്റെ തോളയിലേക്കും ചില ഉദ്യോഗസ്ഥന്മാർ അടുത്തിരിക്കുന്നവരുടെ തോളയിലേക്ക് കിടന്ന് ഉറങ്ങുന്നത് എത്ര അവരോചകമായി എഴുന്നേൽക്കണോ തള്ളി മാറ്റണോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റിരിക്കുന്നയാള് പാവല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഉറക്കം വന്നാൽ ഈ അപ്പൊ ഗാഠമായ സുശുദ്ധിയിൽ സാമാന്യരൂപത്തിൽ ഇത് മൂന്നുമുണ്ട് അസ്ഥിഭാതിക്രിയങ്ങൾ പ്രതിബന്ധം കുറഞ്ഞ സ്വപ്നാവസ്ഥയിൽ ആത്മപ്രകാശം കൂടുതൽ അറിയപ്പെടും ജാഗ്രത്തിൽ പ്രതിബന്ധ ബാഹുല്യം കൊണ്ട് ആത്മപ്രകാശം സാധാരണ പോലെ കാണും ഇങ്ങനെ മൂന്നാണ് അവസ്ഥ ഒന്ന് പ്രതിബന്ധം കൂടിയ അവസ്ഥ ജാഗ്രത് അതുകൊണ്ടാണ് ജാഗ്രത്തിൽ ജ്ഞാനിയായതുകൊണ്ട് ജ്ഞാനം ഉറച്ചതാവില്ല എന്ന് പറയുന്നത് ജാഗ്രത്തിൽ ധീരനായതുകൊണ്ട് ധൈര്യം ഉറച്ചതാവില്ല ജാഗ്രത്തിൽ തർക്കിച്ചാൽ കരില്ല സ്വപ്നത്തിൽ അതുണ്ടോ പണ്ടൊരു മെഡിക്കൽ കോളേജിൽ പിള്ളേരെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഒരുതൻ പന്തയം വെച്ചു ആർക്കാടായി കൂട്ടത്തി പോയി അവിടെ ചാരി വച്ചിരിക്കുന്ന ജഡത്തിലൊന്നില് ചുണ്ടയിൽ ഒരു സിഗരറ്റ് വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ടിരാവുന്നത് രാത്രി പോയി കൂടെയിരുന്ന് പന്തായം വെച്ച പൊരുത്തം പറഞ്ഞ ഹൈനന്ദപ്രേ മോർച്ചറിയില്ലേ ഞാൻ എടുത്തുകൊണ്ടിരാവുന്നു ഇവന് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഭയം തുടങ്ങി ഒറ്റയ്ക്കായപ്പോ പന്തായം വെച്ചത് ജാഗ്രതത്തില സ്വപ്നം ഉണർന്നപ്പോ മെല്ലെ പേടിക്കാൻ തുടങ്ങി അകത്തിയെന്ന് സിഗരറ്റിനടുത്തെത്തിയപ്പോ സിഗരറ്റ് വരലുകൊണ്ടെടുത്ത് പുകവിട്ടു നിൽക്കുന്ന ജഡവാണ് മനസ്സിലായില്ല പിന്നെ ഞാൻ കഥ പറയണ്ട ജത്തെ വെച്ചിട്ട് പോകുന്ന എല്ലാരേം കങ്കയാണ് അന്നേരം ഒരു ഭയമില്ല ശിവം അവിടെ ചെന്നു കഴിഞ്ഞു നോക്കിയപ്പോ വലിച്ചു ഊതി വിടുന്ന ജഡവാണ് തപ്പന്നി ഒന്ന് താഴും ഒരു നിലവളിയായിരുന്നു എല്ലാവരും കൂടെ ഓടി വന്നു ഓടി വന്നു ഇവനെ എടുത്തപ്പോ പന്തയം വെച്ചവന അപ്പുറത്ത് നിന്ന് വലിക്കുന്ന അവൻ നേരത്തെ അകത്ത് ഒറ്റയ്ക്ക് കയറി നിന്ന് വലിക്കുക മനസ്സിലായില്ല അവന്റെ സ്വപ്നത്തില് ധീരതയുണ്ട് സ്വപ്നത്തിലെ ധീരതയും സ്വപ്നത്തിലെ ജ്ഞാനവും സ്വപ്നത്തിലെ ഭാവങ്ങളും കൂടുതൽ സ്ഥായി ഉള്ളതാണ് പ്രതിബന്ധങ്ങളുടെ ബാഹുല്യം ജാഗ്രത്തിലാണ് അതുകൊണ്ടാണ് വേദാന്ത വിജ്ഞാനം സുനിശ്ചിതമാകുന്നത് കൂടുതൽ സൂക്ഷ്മമായി അറിയുമ്പോഴാണ് അതുകൊണ്ടാണ് ജാഗ്രതത്തിൽ അനുശീലനം വന്ന് സാൽമ്യം വന്നവന് ഗുരുവില്ലാതെ ലഭിക്കില്ല എന്ന് സാമ്പ്രദായികന്മാർ പറയുന്നത് സ്വപ്നത്തിലൂടെ വേണം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ജാഗ്രത്തിനായി യുക്തിപൂർവം തന്നെ താൻ അവഗ്രഹിക്കാം സ്വപ്നത്തിലറിയുന്ന പ്രക്രിയയ്ക്ക് ആഴമേറും അത് തന്നെ അറിഞ്ഞാലും അഹങ്കാരമാണോ അല്ലയോ എന്നറിയാൻ വഴിയില്ല അതുകൊണ്ട് അജ്ഞാനത്തിലും ആത്മാവിന്റെ മൂന്ന് ധർമ്മവും ഈ മൂന്നവസ്ഥകളിലും നുഭവപ്പെടുന്നുവെങ്കിലും ആ സാമാന്യബോധത്തിൽ നിന്നും ആർക്കും മോക്ഷമുണ്ടാകുന്നില്ല ഞാൻ ഒരവസ്ഥയിലും മാറുന്നില്ല ഞാനുണ്ട് ഞാനുണ്ട് എന്നത് ഏതൊരാൾക്കും സർവതാ അനുഭവമാണ് ആരുടെയും അനുഭവത്തിൽ ഞാൻ ഞാനല്ല എന്ന് വ്യവഹാരമില്ല അങ്ങനൊരു വ്യവഹാരം വന്നാൽ അത് ഭ്രാന്തിയാണ് അപ്പോൾ ആത്മബോധം സാമാന്യമാണ് അതുകൊണ്ട് ചിദ്ഭാവവും ആനന്ദവും സർവതായിലുണ്ട് എങ്കിലും ഇത് അജ്ഞാനവേളയാണ് ഇതൊക്കെ സത്യമാണെങ്കിലും ഗുരുദേവൻ പറയുന്നു ഇതൊരജ്ഞാനവേളയാണ് അതുകൊണ്ടതിന് സത്യം എന്നത് വ്യവഹാരത്തിലാണെന്ന് വേദാന്തം പറയുന്നു വ്യവഹാര സത്യം ഇതിനെ ആചാര്യന്മാർ അഗ്നിയോടും വിറകിനോടും കലർത്തി പറയാറുണ്ട് ചില ഉദാഹരണം അങ്ങനെയാ പറയാം വിറക് ജഡമാണ് അഗ്നി സ്വയം പ്രകാശമാണ് വിറകിനെ ആശ്രയിച്ചഗ്നി ജ്വലിക്കുന്നു എന്നാൽ അഗ്നി വിറകിതല്ല വിറകില്ലാതെ അഗ്നിയുടെ ശക്തി പ്രകടവുമല്ല ഉദാഹരണം മനസ്സിലായോന്നറിയില്ല ഇതാണ് അവർ പറയുന്നത് അഗ്നി സ്വയം പ്രകാശമാണ് വിറകിനെ അഗ്നി ജൊലിക്കുന്നത് അഗ്നിയാകട്ടെ വിറകിൻ്റെതല്ല വിറകില്ലാതെ അഗ്നിയുടെ ശക്തി പ്രകടമാവുകയുമില്ല അങ്ങനെ ആത്മാവിന്റെ സച്ചിദ്ഭാവങ്ങൾ വൃത്തിവിഷയമായും വസ്തുവിഷയമായും തന്നെ വ്യക്തമായി കാര്യക്ഷമമാകുന്നു വൃത്തി അവഛഛന്ന ചൈതന്യമാണ് ഈ പ്രപഞ്ചം അല്ലാതെ പ്രപഞ്ചമില്ല അതോടൊപ്പം ആ ചൈതന്യം വൃത്തിയുടേതാണെന്ന് തെറ്റായി അറിയുകയും വരുത് രണ്ടും സദ്യയാണ് വൃത്തി അവച്ഛിന്ന ചൈതന്യമാണ് ആ ചൈതന്യമാകട്ടെ വൃത്തിയുടേതാണെന്ന് തെറ്റിദ്ധരിക്കരുത് വിറകും അഗ്നിയും പോലെ വിറകിൻ്റെതല്ല അഗ്നി വിരകില്ലാതെ അഗ്നിക്ക് സ്ഥാനവുമില്ല അങ്ങനെ അറിയുമ്പോഴാണ് വ്യവഹാരത്തിന് നിത്യതയുണ്ടാവും ഇത് പറയുമ്പോ സർവജ്ഞാത്മമുനിയെപ്പോലെയും മറ്റുമുള്ള ആചാര്യന്മാർ അന്ധനും ബധിരനുമെല്ലാം സ്വപ്നത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് രോഗമുള്ളവൻ സ്വപ്നത്തിൽ അരോഗദൃഢഗാത്രനായി സ്വപ്നം കാണുന്നുണ്ട് സുഖിയായിരിക്കുന്നുണ്ട് ഇതാരുടെയാണ് എന്നുപനിഷത്ത് ചോദിക്കുന്നുമുണ്ട് അത്രായം പുരുഷ ജ്യോതിഹി സ്വപ്നത്തിൽ ആത്മാവ് സ്വയം പ്രകാശമായി സ്വത അറിയപ്പെടുന്നു ബൃഹദാരണ്യകത്തിലെ യാജ്ഞവൽക്കനും ജനകനുമായുള്ള സംഭാഷണവും ഓർക്കുന്നത് നന്നാണ് മൂന്നാമത്തെ ശ്ലോകമോ മറ്റോ എടുത്തപ്പോ അത് നേരത്തെ പറഞ്ഞതാണെന്ന് എനിക്കൊരു ചെറിയ ഓർമ്മ ഇന്ന് ജനകൻ എന്ത് ചോദിച്ചാലും പറയില്ല എന്ന വിചാരത്തോടെ വരുന്ന ഒരു യാജ്ഞവൽക്കനുണ്ട് രാജധാനിയിലെ ജനകന്റെ രാജധാനിയെ എന്നും ജ്ഞാനം കൊണ്ട് സേചനം ചെയ്തിട്ടുള്ള യാജ്ഞവൽക്കരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബൃഹദാരണ്ഡികത്തിൽ ഇത്തവണ വന്നപ്പോഴേ ചോദിച്ചത് എന്താണ് മനുഷ്യന്റെ വെളിച്ചം സൂര്യനാണ് സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാണ് ഓർക്കുന്നുണ്ടോ ഇത് പറഞ്ഞതായിട്ട് ഏ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ വർഷമൊന്നു കഴിഞ്ഞു അതുകൊണ്ട് ണ്ട് സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാണ് സൂര്യനും ചന്ദ്രനും അസ്തമിച്ചാൽ അഗ്നിയാണ് സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും ചെയ്താൽ വാക്കാണ് സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും വാക്കു പിൻവാങ്ങുകയും ചെയ്താൽ ആത്മാവാണ് കാരണം വെളിച്ചം വേണ്ടേ എന്തും കാണാൻ വേണ്ടേ എന്തും കാണാൻ വെളിച്ചം വേണം പ്രമേയ ചൈതന്യം പ്രമാണചൈതന്യം പ്രമാതൃ ചൈതന്യം ഈ മൂന്നെണ്ണത്തിന്റെ സംയോഗമനിവാര്യമാണ് കാണണമെങ്കിൽ ഇതെവിടെ നിന്നാണ് സ്വപ്നത്തിൽ നല്ല പ്രകാശത്തിൽ നല്ലതുപോലെ അമ്മയെ വോ. വ സ്വപ്നം കാണാറുണ്ടോ ഇല്ല സ്വപ്നം കണ്ടിട്ടുണ്ടോ ഏ നല്ല വെളിച്ചത്തിൽ കാണുവാണ് നന്നായി കാണു എങ്ങനെ കണ്ടു അത്രൈഷ ദപ്നേ മഹീമാനമനുഭവതി യൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവനുശോതി ദേശദിഗന്തര പ്രത്യുഭൂതം പ്രത്യുഭവതി ദൃഷ്ടം അദൃഷ്ടം ചുതം അശ്രുതം അനുഭൂതം ച അനുഭൂതം ച സർവം പശ്യതി സർവ പശ്യതിപ്നം പ്രശ്നോപരിഷം അപ്പൊ സ്വപ്നത്തില് എങ്ങനെയാ കാണുന്നത് അതുകൊണ്ട് ആത്മാവ് സ്വയം പ്രകാശമാണ് സ്വയം പ്രകാശമായ ആത്മാവ് അതല്ലത് വൃത്തി അവിന്ന ചൈതന്യം അതുകൊണ്ടാണ് അതുകൊണ്ട് അന്ധനം സ്വപ്നം കാണുന്നുണ്ട് ബഹിരൻ സ്വപ്നത്തിൽ കേൾക്കുന്നുണ്ട് രോഗി സ്വപ്നത്തിൽ സുഖിയാണ് ആരുടെ പ്രകാശത്തിൽ അത്രായം പുരുഷ ജ്യോതി സ്വപ്നത്തിൽ ആത്മാവ് സ്വയം പ്രകാശമായി സ്വതേ അറിയപ്പെടുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ചൈതന്യ ജ്യോതിഷ് ചിതറുന്നു അജ്ഞാനവേളയിൽ വസ്തുസംഘവും വൃത്തിവ്യാപ്തിയുമുണ്ട് എങ്കിലും ആത്മസ്വരൂപം മാറ്റമില്ലാത്തതാണ് ആത്മോപദേശതകത്തില് ഗുരുദേവൻ ഇത് പറയുന്നുണ്ട് അസ്ഥിഭാതികളോടൊപ്പം സുഖത്തെ അവിടെ പറയാതെ അസ്ഥിയും ഭാതിയും സാമാന്യരൂപമാണ് അതെല്ലാവരും സാമാന്യരൂപത്തിലറിയുന്നുണ്ട് അത് സാക്ഷിബോധമാണ് അത് വിജ്ഞാനമല്ല വിശേഷിച്ചറിയുന്നില്ല അതുകൊണ്ട് ജ്ഞാതമല്ല അജ്ഞാതവുമല്ല ജ്ഞാതവുമല്ല അജ്ഞാതവുമല്ല പാവരണമെന്നതുകൊണ്ട് വിശേഷജ്ഞാനത്തെ മറയ്ക്കുന്നത് സാമാന്യജ്ഞാനത്തെ മറയ്ക്കില്ല കയറിനെയാണ് മറച്ചത് അതിൽ സാമാന്യമായ ഇത് എന്നതിനെ മറയ്ക്കില്ല കയറിലും പാമ്പിലും സാമാന്യമാണ് ഇത് ഇദം വൃത്തി മറയുന്നില്ല ആ വൃത്തിയിൽ അവച്ഛിന്നമായ ചൈതന്യം അവിടെയാണ് രേഖത്തുവരുന്നത് അതുകൊണ്ട് അറിയുമ്പോൾ അത് പ്രത്യേകം അറിയണം അതുകൊണ്ട് അപ്പോഴും അസ്ഥിഭാതി അനുഭവമുണ്ട് ഉറക്കത്തിലും സുഖമുണ്ട് സുഷുപ്തിയിൽ അസ്ഥിബാധികളെ അപേക്ഷിച്ച് വിശേഷിച്ച് കാണാം അസ്ഥിബാധികൾ സുശുദ്ധിയിൽ സാമാന്യമാണ് സുഖം വിശേഷമാണ് കാരണം ഉറക്കം കഴിഞ്ഞ് എഴുതേച്ചു വരുമ്പോഴേ പറയുന്നത് ഒന്നും അറിഞ്ഞില്ല നല്ല സുഖമായിരുന്നു अदर प्रावश्यम शुभ ई सुखस्वरूपति पूर्णत अस्थिभा विशेष विधियाव ई सुख सा വിഷയകോലാഹലങ്ങൾ വിഷയവിശിഷ്ടങ്ങളായ അനുഭവങ്ങൾ ഏതുമില്ലാതെ സുഷുദ്ധിയിലെ സുഖം നിർവിഷയകമാണ് അതുകൊണ്ടാണ് ഗുരു രണ്ടും എന്ന് പറഞ്ഞിട്ട് മൂന്നൊന്ന് മാറ്റി सुखते वेट सी अस्थिभाध साखम विशेष आ विशेषुख निर्विषयक जीवात्मा लयच आर् सख സുഷുത്തിയിലെ സുഖം ആരാണ് അനുഭവിക്കുന്നത് ജീവാത്മാവല്ല കാരണം ജീവാത്മാവ് ലയിച്ചുപോയി അങ്ങനെയാണെങ്കിൽ ആർക്കാണ് സുഖം സുഖം ജീവാത്മാവിനാണെങ്കിൽ ഉറക്കത്തിലറിയണം മനസ്സിലായില്ല ഉറക്കത്തിൽ സുഖമറിയുന്നില്ല ഉണർന്നു വരുമ്പോഴാണ് അറിയുന്നതെങ്കിൽ ഉറക്കത്തിലും ഉണർവിലും സ്വപ്നത്തിലും തുടരുന്ന സാക്ഷി ചൈതന്യത്തിലാണ് സു അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുഷുപ്തിയിൽ സാക്ഷിക്കാണ് അനുഭവം ുടെ അനുഭവം നിർവിഷയകമാണ് സാക്ഷി എന്നതിന്റെ നിർവചനം തന്നെ അതാണ് കോടതിയിലും അങ്ങനെ തന്നെ സാക്ഷിക്ക് നിർവചനമുണ്ട് ഹൂസ് എ വിറ്റ്നസ് റൈറ്റ് ആൻഡ് ഏ ശരിയാണ് ഒരോട്ട് ഗെറ്റന്മാർ മൂന്നാലഞ്ചു പേരുണ്ട് അപ്പോൾ പിന്നെ എടുപ്പണം അനന്തമയ ആനന്ദഘോഷാഭിമാനിയായ ിയാണ് അനുഭവിക്കുന്നത് അല്ലാതെ ജീവാത്മാവല്ല പ്രതിവിജ്ഞ വരുന്നത് ജീവാത്മാവിലാണ് അത് സാക്ഷിയിലല്ല അതാണ് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കുള്ള പരിണാമം അത് പെട്ടെന്ന് ആദ്യം ആദ്യം സാമാന്യ ശൂന്യം പിന്ന സാമാന്യം പിന്നെ വിശേഷം എന്ന നിലയിലേ അത് വരുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വിശേഷം സാമാന്യം ശൂന്യമെന്ന നിലയിലേ പോവുള്ളൂ ഉറങ്ങാൻ കിടന്നാൽ ആ കിടപ്പൊന്ന് കിടന്ന് കുറെ നേരം കിടന്നുറങ്ങുന്നവർ കിടന്നുറങ്ങരുതെന്നാണ് മനസ്സിലായില്ല പഴയ കാരണന്മാര് പറയും കിടന്നുറങ്ങരുത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴേ കിടക്കാൻ പാടുന്നു ചിലര് കിടന്നുറങ്ങും ഞാനതിനാ ഉദാഹരണം പറയുന്നത് പ്രത്യിജ്ഞ ഉണർന്നു വരുമ്പോഴേക്ക് ജീവാത്മാവിലെത്തും അവിടെ ജീവാത്മാവും സുഷുപ്തിയിലനുഭവിച്ചത് സാക്ഷിയിൽ ആ സാക്ഷിയുടെ അനുഭവമാണ് ജീവാത്മാ ഓർത്തു പറയുന്നത് നല്ല സുഖമായിരുന്നു അത് ആ ഓർത്തു പറയാൻ കാരണം ആദ്യം കിടന്നുറങ്ങുമ്പോൾ വിശേഷമായെല്ലാം കാണും ഇതച്ഛൻ ഇതമ്മ ഇത് കട്ടിൽ ഇത് കിടക്ക ഒക്കെ കാണും കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വേറിട്ട് വിശേഷമായി കാണുകയല്ല സാമാന്യത്തിലൊരു ബോധമുണ്ടാവും ഞാൻ ഉറങ്ങാൻ തുടങ്ങി നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു മനസ്സിലായില്ല ആരൊക്കെയോ ഉണ്ടായിരുന്നു നിങ്ങൾ ആരൊക്കെയാ ഉണ്ടായിരുന്നേ എന്തൊക്കെയാ പറഞ്ഞേ മനസ്സിലായില്ല വിശേഷം സാമാന്യമായി കുറച്ച് കഴിഞ്ഞാൽ ശൂന്യമായി ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല നന്നായി ഉറങ്ങി നല്ല സുഖമായി ഒന്നും അറിയാതെ വരുമ്പോൾ ജീവാത്മാവ് വിലയം പ്രാപിച്ചു നിൽക്കുകയാണ് സാക്ഷി മാത്രമേ ഉള്ളൂ അത് ജീവാത്മാവിലേക്ക് കൈമാറും ശൂന്യത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക് വന്ന് വിശേഷത്തിലെത്തി അപ്പോഴാണ് അത് പറയുന്നത് കാരണം സാമാന്യത്തിലും വിശേഷത്തിലും കിട്ടാത്ത സുഖം അവിടെയുണ്ടായിരുന്നു വേറിട്ട് അത് തിരിച്ചറിയും അതുകൊണ്ട് പറയും ക്ലിയർ അതുകൊണ്ടാണത് വേർതിരിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഗുരുദേവൻ അതിനെ വേറിട്ടെടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പൊ സാക്ഷിക്കാണ് അനുഭവം മൂന്നവസ്ഥകളിലുമുള്ളതിനെ അതേ രൂപത്തിലറിയുന്നതാണ് സാക്ഷിയിൽ സിദ്ധമാകുന്നത് മൂന്നവസ്ഥകളിലും ഉള്ളതല്ലാത്തതിനെ വിശേഷവിധിയായി അറിയുന്നതാണ് ജീവാത്മാവിന്റെ അറിവ് മൂന്നവസ്ഥകളിലുമുള്ളത് സത്വം ചിത്തും ആനന്ദവുമായ അതാണ് അതിലാ സുഖത്തെ അറിയുന്നു അപ്പൊ സാക്ഷിയിൽ സിദ്ധമാകുന്നത് മൂന്ന് കാലത്തുമുള്ളതിനെയാണ് അജ്ഞാനത്തിലും അജ്ഞാന പ്രതിബിംബിക്കുന്ന ചൈതന്യം സാക്ഷിയാണ് സാക്ഷി അജ്ഞാനത്തിലും അജ്ഞാന നിവൃത്തിയിലും പ്രതിബിംബിക്കുന്നു മനസ്സിലാകുന്നുണ്ട് തീർക്കുന്നു ചോദ്യകർത്താവിന് വേണ്ടിയാണ് ഞാൻ ആ ഭാഗം എടുത്തു പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കാം അജ്ഞാനത്തിലും അജ്ഞാന ഏതൊരു ചൈതന്യമാണോ പ്രതിബിംബിക്കുന്നത് അത് സാക്ഷിയാണ് അത് സച്ചിത് ആനന്ദമാണ് സുഷുപ്തിയിൽ വിഷയപ്രതിബിംബമില്ല അങ്ങനെ വിഷയപ്രതിബിംബമില്ലാത്തതുകൊണ്ട് കൂടുതലറിയും സ്വപ്നത്തിൽ വിഷയപ്രതിബിംബമുള്ളതുകൊണ്ട് കുറെ അറിയും ജാഗ്രത്തിൽ വിഷയപ്രതിബിംബം മാത്രമായതുകൊണ്ട് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് സാമ്പ്രദായികന്മാർ ഗുരുശിഷ്യ പാരസ്പര്യത്തിന് മറ്റെന്തിലും പ്രാധാന്യം നൽകുന്നത് ജാഗ്രത്തിൽ അറിയുന്ന പോലെ ഇതറിയില്ല ജാഗ്രത്തിലറിയുന്ന അറിവ് വച്ച് അനുഷ്ഠാനങ്ങൾക്കൊന്നും പ്രസക്തിയുണ്ടാവില്ല ജാഗ്രത്തിന്റെ യുക്തിഭദ്രതയിൽ നിന്നുകൊണ്ട് ഇത് കണ്ടെത്തുവാനുമാവില്ല അതുകൊണ്ടാണ് ഇതിനെ തിരിച്ചറിയുമ്പോൾ അജ്ഞാനത്തിലും അജ്ഞാന ഒരുപോലെ പ്രതിബിംബിച്ചു നിൽക്കുന്ന സാക്ഷിചൈതന്യത്തെ ആധാരമാക്കി പറയുന്നത് അത് സത്വം ചിത്തമാനന്ദവുമാണ് ഗാഠമായ സുഷുപ്തിയിൽ വിഷയപ്രതിബിംബമേതുല്ലാത്തതിനാൽ പ്രതിബിംബവുമില്ല പ്രതിബന്ധവുമില്ല നിർവിഷയമാണ് അതുകൊണ്ട് സുഖ അനുഭവിക്കുന്നു അതുകൊണ്ട് കൂടുതൽ അറിയുന്നു അതുകൊണ്ട് സുഷുപ്തിയിലെ അറിവിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ബൃഹദാരണ്യം ഇത് വളരെ കൂടുതലായി പറയും അപ്പോ നജ്ഞാനം സാക്ഷികോടവ് പ്രവിശ്യതി സാക്ഷിജ്ഞാനത്തിൽ വേദാന്തം അജ്ഞാനത്തെ സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് സാക്ഷിക്ക് പ്രാധാന്യം വരുന്നത് അതാണ് ഞാൻ കാര്യം ചോദിച്ചത് അവിടെയും സാക്ഷിക്കാണ് വിശ്വാസ്യത കൂടുതൽ ഞാനൊന്ന് മാറ്റിപ്പറഞ്ഞാൽ സാക്ഷിയില്ലാത്ത ഒരു കേസിന് തുമ്പുണ്ടാവില്ല വക്കീലന്മാർ സമ്മതിക്കുമോ എന്നോടൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാകുമോ ഞാൻ പറയുന്നതെന്ന് എനിക്കറിയില്ല അഥവാ സാക്ഷിത്വം വസ്തുവിന്റെ ദേവതയ്ക്ക് പോലും ഇല്ലാതാകുന്ന सुसल अब साक्षिज्ञानते എടുക്കുമ്പോൾ വേദാന്തം അജ്ഞാനത്ത് സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് സാക്ഷി തന്നെ ഉറക്കത്തിലും ഉണർന്നിരിക്കുന്നു കാരണം വ്യവഹാരമില്ല ഉറക്കത്തില് ഉണർവിങ്കൽ വ്യവഹാരവും വ്യാവഹാരികവും പ്രാതിഭാസികവുമായ രണ്ടും ഉണർവിങ്കലും സ്വപ്നത്തിലുമുണ്ട് അതുകൊണ്ട് അവിടെ അനുഭവങ്ങൾ സാക്ഷിയുടേതല്ല ജീവാത്മാവിൻ്റെതാണ് അതുകൊണ്ടതിൽ അജ്ഞാനമുണ്ട് ക്ഷിയായതുകൊണ്ട് അവിടെ അസ്ഥിഭാതി പ്രിയങ്ങൾ മൂന്നും വിലസുന്നു രജ്ജുസർപ്പമഹിയോടുമിതയർന്ന് അടുത്തത് പറയുന്നത് അങ്ങനെയാണ് വർത്തിപ്പതിനിഹ നിദർശനമാമിത് കയറിന്റെ ചൈതന്യത്തിൽ സർപ്പ അധ്യാസം രണ്ടാമത് അധ്യത്ത വസ്തുവിൽ കയറിന്റെ സാമാന്യജ്ഞാനം കയറിന്റെ സാമാന്യജ്ഞാനം ഇത് എന്നതാണ് ഇതം അതധ്യസിച്ചു അങ്ങനെ അന്യോന്യ കയറിന്റെ ചൈതന്യത്തിൽ സർപ്പാധ്യാസം അധ്യസ്തമായ പാമ്പിൽ കയറിന്റെ സാമാന്യമായ ഇത് എന്നത് അധ്യസിക്കുക സാമാന്യ പാമ്പിൽ കയറിന്റെ സാമാന്യജ്ഞാനം അധ്യസിക്കുകയും കയറിൽ പാമ്പ് അധ്യസിക്കുകയും ചെയ്യുന്നു അങ്ങനെ അന്യോന്യ അധ്യാസം ഇതിലിത് എന്ന അധ്യാസം മാറുന്നുണ്ട് അധിസ്ഥാന ചൈതന്യം മാറുന്നില്ല അതാണ് ഉദാഹരണത വെച്ച് പഠിക്കേണ്ടത് കയറിന്റെ ഇത് എന്ന സാമാന്യം സർപ്പത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ സാമാന്യബോധം അജ്ഞാതമായ കയറാണ് സർപ്പമല്ല ഇത് സർപ്പമാണെന്നത് വ്യവഹാരബോധം അത് തന്നെ സർപ്പമല്ല എന്നിരിക്കെ അത് തന്നെ വീണ്ടും ജ്ഞാനമായ സർപ്പം തന്നെ കയറാവും അപ്പോൾ ആദ്യം കയറിൽ സർപ്പം അധ്യസിച്ച് കഴിഞ്ഞ് കയറിനോടൊപ്പമുണ്ടായിരുന്ന ഇത് സർപ്പത്തിൽ അധ്യസിച്ച് ഇത് സർപ്പം എന്ന് ബോധം നല്ലപോലുദിച്ച് കഴിഞ്ഞാൽ സർപ്പം ജ്ഞാതമായി കയറജ്ഞാതമായി അൽപ്പം കഴിഞ്ഞാൽ വെളിച്ചം വന്നാൽ ജ്ഞാതമായ സർപ്പം എന്നതിൽ കയറിരിപ്പുണ്ട് എന്ന് ബോധ്യമാവും അപ്പോൾ കയറി ജ്ഞാതമായി സർപ്പം ബാധിച്ചുപോയി അറിവിൽ അങ്ങനെ ബാധിച്ചു പോകുന്നതാണ് ഈ ജഗം ഇതാണതിന്റെ പ്രക്രിയ ഇത് ചുമ്മാ കേട്ടിട്ട് കയറിൽ പാമ്പ് കയറിൽ പാമ്പെന്ന് പറഞ്ഞാൽ തലലാവൂല അതിന്റെ ക്രമിക യുക്തികൾ ശരിയാംവണ്ണം പ്രക്രിയ അറിഞ്ഞ് അവഗ്രഹിച്ചു പഠിക്കണം വീണ്ടും ജ്ഞാതമായ സർപ്പം തന്നെ കയറാവും അപ്പോൾ ഇത് കയറിന്റെ അവിശേഷബോധമാണ് സർപ്പത്തിന്റെ അല്ല അപ്പോൾ അതിൻപ്രകാരം സർപ്പത്തിന്റെ അഭാവത്തോടുകൂടി കയറ് എന്ന ബാധ സമാനാധികരണത്തിൽ സർപ്പബാധയും അധിഷ്ഠാനബോധവും ഉണ്ടാകും സർപ്പം ബാധിച്ചു പോവുകയും കയറ് ബോധിക്കുകയും ചെയ്യും ഇവിടെയാണ് ബോധം തന്നെ ബാധയിൽ കൂടെ വിശേഷാവസ്ഥയിൽ വന്ന് ഭ്രമത്വമാറ്റുന്നത് ഈ പ്രക്രിയയാണ് നിദർശനമെന്ന് ഗുരുദേവൻ പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ഉദാഹരണം പോലെയാണ് അജ്ഞാതമായ പരമാത്മാവ് പ്രപഞ്ചമായി അജ്ഞാനവേളയായി കയറിന്റെ ഇത് എന്ന പോലെ ആത്മാവിന്റെ സാമാന്യബോധമായ അസ്ഥിഭാവി സുഖം ഇറങ്ങി വന്ന് നിലകൊള്ളുന്നത് അതാണ് അജ്ഞാതസത്യം ഇതിന്റെ വിശേഷം ബോധം വന്നാൽ മറവില്ലാത്ത അഖണ്ഡസച്ചിദാനന്തമാവും ഇത് പ്രപഞ്ചമെന്ന് ബോധിക്കും അതാണ് വിജ്ഞാനം അതാണവിടെ അസ്ഥി വിഭാതി എന്ന് എടുത്തു പറയുന്നത് അർത്ഥാവഛിന്നമായ ജ്ഞാനമാണ് ജഡമല്ല വ്യവഹാരത്തിന്റെ പ്രയോജകമെന്ന് അപ്പോഴറിയും അപ്പോൾ അധ്യസിക്കുന്നത് കയറിന്റെ ചൈതന്യത്തിലാണ് കയറിലല്ല അതിൽ അജ്ഞാനം നേരത്തെയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ആ ചൈതന്യത്തിലാണ് സർപ്പം അധ്യസിക്കുന്നത് ജടത്തിലല്ല കയറുന്ന ജടത്തിലല്ല ഇതംകാരത്തിലുള്ള ഇതമാകാരത്തിലുള്ള അന്ധക്കരണത്തോടുകൂടിയ ചൈതന്യാഭാസത്തിൽ അജ്ഞാനത്തിന്റെ പരിണാമമാണ് സർപ്പജ്ഞാനം അവിടെയാണ് സാമാന്യമായ ഇദം എടുക്കുന്നത് ഇതം രണ്ടിലുമുണ്ട് അങ്ങനെയാണ് ഭ്രമത്തിൽ അർദ്ധാധ്യാസവും ജ്ഞാനാധ്യാസവും ഉണ്ടാകുന്നത് അർദ്ധാധ്യാസവും ജ്ഞാനാധ്യാസവും ഉണ്ടായാൽ ഇത് അന്യോന്യാധ്യാസമാകയാൽ അത്യസ്തമായ ഇതം ജഗത്ത് മാറിയാലും അധിഷ്ഠാന ചൈതന്യം നിലനിൽക്കുന്നതുകൊണ്ട് ശൂന്യവാദത്തിനും സ്ഥാനമില്ലാതാവും അപ്പോ ഒന്നിൽ തന്നെ സാമാന്യവും വിശേഷവും ഉണ്ടാകാൻ കാരണം അജ്ഞാനാധ്യാസമാണ് അധ്യാസം നിവർത്തിച്ചാൽ സാമാന്യം നിലനിൽക്കില്ല അതുകൊണ്ട് ഗുരുദേവൻ അതിനെ നിദർശനം എന്നു പറയും ഉദാഹരണം ഇതാണതിന്റെ രീതി ഇതാ പ്രക്രിയയെ മുഴുവൻ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് ഗുരുദേവന്റെ അദ്വൈത ദീപികയുടെ സിദ്ധാന്ത ശ്ലോകമായി ഇതിനെ കരുതുകയും ചെയ്യാം അടുത്തത് ഒൻപത് ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഏതാണ്ട് ഇവിടെ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത രണ്ട് ശ്ലോകങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും എന്ന് വിചാരിക്കാം അടുത്തത് ഈ സത്യം അറിഞ്ഞവന്റെ അനുഭവം എന്താണെന്നാണ് സത്യ അറിഞ്ഞു കഴിഞ്ഞവന്റെ അനുഭവം അവൻ എങ്ങനെയാണ് വിശ്വത്തെ കാണുക സത്യമറിഞ്ഞിട്ട് ജീവിക്കുന്നവരും സത്യമറിയാതെ ജീവിക്കുന്നവരും ഈ പ്രപഞ്ചത്തിലുണ്ട് സത്യമറിഞ്ഞവൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ കാണുക സത്യമറിഞ്ഞവർ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമോ അവരെത്രകാലം ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും ജ്ഞാനികൾ ഏത് തരക്കാരാണ് എങ്ങനെ ഇരിക്കും ഭഗവത്ഗീതയിലും ഒരു ചോദ്യമുണ്ട് അർജുനൻ ചോദിക്കുന്നുണ്ട് സ്ഥിതപ്രജ്ഞാഷാ സമാധിസ്ഥിതം പ്രഭാഷേത കിമുപാസീത കിം അർജുനറിയേണ്ടതാണ് ഇങ്ങനെ വല്ലോന്നോ ഉണ്ടെങ്കിൽ ഇവനെ എങ്ങനെയൊന്ന് തിരിച്ചറിയാം എന്തിനാ പോയൊന്ന് നമസ്കരിക്കാൻ പോയൊന്ന് ആദരിക്കാൻ ആ പുണ്യം കുറച്ച് മേടിക്കാൻ കാരണം ഈ പുണ്യപാപങ്ങളില്ല പക്ഷേ പൂർവപുണ്യങ്ങളുടെയും പൂർവപാപങ്ങളുടെയും ശേഖരൻ കൂടെ ഇരിപ്പുണ്ടാവും മനസ്സിലായില്ല യഥാ ആ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ശരീരം ഇല്ലാത്തതുപോലെ ഉണ്ടാവും അയാൾക്കില്ലാത്തതുപോലെയും നമുക്കുള്ളതുപോലെയും ഉണ്ടാവും നമുക്ക് കാണാം അങ്ങനെ ഇല്ലാത്തതുപോലെയും നമുക്കുള്ളതുപോലെയും തോന്നുന്ന ആ ശരീരം ാക്കിയിരിക്കുന്നത് പുണ്യപാപങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് സഞ്ചയം വളരെ കൂടുതലായതുകൊണ്ടാണ് ആ പുണ്യമൊക്കെ ആരെങ്കിലും ഒന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പാപം മുഴുവൻ ബാക്കിയുള്ളവർ മേടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് പോയി കിട്ടും ഇനി ഒന്നും ആവശ്യമില്ല നമേ പാർദ്ധാസ്തി കർത്തവ്യം തൃശുലോകേ സുഹിഞ്ചനവാർത്തകർമ്മണി എനിക്ക് മൂന്ന് ലോകത്തിലും ഒന്നും കിട്ടാനില്ല എന്നിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കയ്യിൽ ഒരുപാട് പുണ്യങ്ങളും പാപങ്ങളും സമ്പാദിച്ച് കയ്യിലിപ്പോണ്ട് ആരെങ്കിലും ഒന്ന് രണ്ട് തെറി പറഞ്ഞ് ആ പാപ എല്ലാം ഒന്ന് കൊണ്ടുപോകണം മനസ്സിലായില്ല അടിച്ചോ ഇടിച്ചോ തെറി വിളിച്ചോ കുശിമ്പ് പറഞ്ഞോ കുന്നായ്മ പറഞ്ഞോ ഈ പാപമൊക്കെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് ആ പാപം ഒന്ന് തീർന്നു ആരെങ്കിലുമൊക്കെ വന്ന് പ്രശംസിച്ചും പാദസേവ്തും വെള്ളം കോരി കൊടുത്തും ആ ശരീരത്തെ സേവിച്ച് ആ പുണ്യമെല്ലാം അവരും വാങ്ങിച്ചുകൊണ്ട് പോകണം ഇത് രണ്ടു കൂട്ടർ കൂടെ പങ്കുവെച്ചു കൊടുത്തിരിക്കുകയാണ് മനസ്സിലായില്ല അത് അവർക്കുള്ളതാ വരെങ്ങും പോവില്ല മേടിച്ചുകൊണ്ട് പോയിക്കോളാനാണ് കൈതീർത്ത് തരികയാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് പ്രജഹാദി യഥാകാമാൻ എന്ന് തുടങ്ങി അങ്ങോട്ട് ഗംഭീര വിവരണമാണ് കൊണ്ടുവന്ന എത്തിക്കുന്നതോ ഗംഭീര സ്ഥലത്താണ് യവാനർഥ ഉദാനെ സർവതസംബ്ലുതോദകി പ്രയോഗത്തിന്റെ പ്രയോഗമാണ് കവിതാങ്കന വീണുകിടക്കുന്ന പ്രയോഗമാണ് ഇവിടെ ഗുരുദേവനും പറയാൻ പോകുന്നത് ഈ അനുഭവമൊക്കെ അറിഞ്ഞാൽ സത്യമൊക്കെ അറിഞ്ഞാൽ അവന്റെ അനുഭവം എങ്ങനെയാണ് എങ്ങനെ ഇരിക്കും നമുക്കുമില്ലേ ഇങ്ങനൊരു സംശയം നമുക്കെന്തിനായി സംശയം അതുപോലൊന്ന് വേഷം കെട്ടിക്കളയാമോ ശരിയല്ല നല്ലതാണോ ഞാൻ നല്ല അർത്ഥത്തിലാണെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട കാരണം കുറെ പ്രാവശ്യം കെട്ടിക്കെട്ടിയെങ്കിലും ഈ വേഷം അറിഞ്ഞാൽ മതി രാമായണം വായിച്ചിട്ടുണ്ടോ ഏ അതിലൊരു രാമായണത്തിൽ ഒരു രാമായണം രാമായണം ഒരുപാടുണ്ട് അതിലൊരു രാമായണത്തിൽ ില്ല രാവിലെ എഴുന്നേറ്റ് രാവണൻ തലമുടി ഒരു സൈഡിലേക്ക് ചരിച്ചു വെച്ച് ജീകി സൈഡിൽ നിന്ന് വകഞ്ഞിട്ട് ജീകി ഗംഭീരമായിട്ട് പൊട്ടുമൊക്കെ തൊട്ട് ചുട്ടിയൊക്കെ കുത്തി ഇരുപത് മുഖമാണ് അല്ല പത്ത് മുഖമാണ് ഈ പത്തു മുഖവും സൗന്ദര്യം ഉണ്ടാക്കണമെങ്കിൽ എത്ര പൗഡർ വേണം എന്നാരോപിച്ചോ പത്ത് പേരൊരേ സമയത്ത് മേക്കപ്പുകാരായിട്ട് നിന്നാണ് ആശ്ചര്യപ്പെടുത്തിയത് എന്നവളൊക്കെ ശരിപ്പെടുത്താൻ പറഞ്ഞു എന്നിട്ടാ പോയെ ഒരു രക്ഷയും കിട്ടിയില്ല സീതയൊന്ന് തിരിഞ്ഞു നോക്കിയില്ല ഒരു മലങ്കാണെന്ന ദൃഷ്ടി കൊണ്ടുപോലും നോക്കിയില്ല നിരാശനായി ഒന്ന് വീണ്ടും പൊട്ടുകൂത്തും പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ മണ്ടോതിരി ചോദിക്കുന്നുണ്ട് എത്രമാത്രം വേഷം കിട്ടി ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും വരെ വേഷം കിട്ടി നിങ്ങൾക്ക് ആ രാമന്റെ വേഷവും കിട്ടിയിരുന്നെങ്കിൽ ഇത്ര പണിയുണ്ടായിരുന്നു അതിനൊരു മറുപടി ആ വേഷം അറിയാനാണി ഈ വേഷം ഒക്കെ ഞാൻ കെട്ടും അതറിഞ്ഞാൽ പിന്നെ ആർക്കാണടി ഈ സീത വേണ്ട എന്ന് പറഞ്ഞ പോലെ കെട്ടിക്കെട്ടിയെങ്കിലും അവിടെ എത്തിയെങ്കിൽ മനസ്സിലായില്ല അതുകൊണ്ട് കെട്ടി നിർത്തണ്ട കെട്ടിക്കൂ വളരെ ആ സ്ഥലത്തെത്തുന്നതിന് അനുകരിക്കുന്നതിനും ആരാധിക്കുന്നതിനും അനുകരിക്കുന്നതിനുമാണ് ഞാനീ അറിയുന്നത് അറിയുന്നത് നല്ലതാണ് നോക്കാം ഒമ്പതും പത്തും ഏതാണ്ട് ആശയം അവർ അതുകൊണ്ട് നമുക്കത് ഒന്നിച്ചൊന്നും ആദ്യം ചൊല്ലാം പിന്നെ ഓരോന്നോരോന്നായി കാണാം ശയിങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലുമതിന്ദ്രിയ ദൃശ്യമാകും ദിക്കിൻഭ്രമം വിടുകിലും ചിരമിങ്ങവന്റെ ദൃഖിന്നുദിക്കു പുനരങ്ങനെ തന്ന കാണാം സത്യത്തിലില്ലയുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി അരുവിലിൽ ലിഹനീരമെന്ന് സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രഭകാരം വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അത് ഇന്ദ്രിയദൃശ്യമാകും ദിക്കിൻഭ്രമം വിടുകിലും ചിരമിങ്ങവന്റെ ദിഖിന്നു ദിക്കു പുനരങ്ങന തന്ന കാണം സത്യത്തിലില്ലയുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നുമുമ്പോൽ നിസ്തർക്കമായി മരുവിലിൽ ലിഹനീരമെന്ന് സിദ്ധിക്കിലും വിലസിടുന്നതു മുൻപ്രകാരം രണ്ട് നല്ല ശ്ലോകങ്ങളിൽ മനോഹരമായ ശൈലിയിൽ മനോഭിരാമമായ പദതല്ല ജനങ്ങൾ കൊണ്ട് മലയാള ഭാഷ എത്രമാത്രം സേവ ചെയ്തിട്ടുണ്ട് ഈ ആചാര്യന്മാരെ എന്നൊക്കെ ആലോചിച്ചു നോക്കുന്ന രസകരമാണ് ഈ രാജ്യത്ത് ജനിക്കുകയും അച്ഛനമ്മമാർ മലയാളികളാവുകയും ചെയ്തിട്ട് ഭാഷ സേവിച്ചില്ലെന്നതോ പോട്ടെ ഭാഷയെ സേവിക്കാൻ അറിയാത്ത അവന്റെ ജന്മത്തിന്റെ പുണ്യമെന്താണ് ഭാഷാങ്കന വീണു വണങ്ങിക്കിടക്കുന്നതാണ് വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞ് സർവം അസ്വസ്ഥമാകിലും അത് ഇന്ദ്രിയദൃശ്യമാകും വിവേകദശയിങ്കൽ നിത്യ അനിത്യ വസ്തുവിവേകമുണ്ടായി സത്യം സാക്ഷാത്കരിച്ച അവസ്ഥയിൽ വിശ്വം ഈ പ്രപഞ്ചം അഴിഞ്ഞ് വിശേഷമായ അറിവില്ലാതെ തെളിഞ്ഞ് സർവമെല്ലാം അസ്വസ്ഥമാകിലും ലയിച്ച് ചേരിലും സ്വസ്ഥിതിയില്ലാതെ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യാതെ ലയിച്ചു തീരുമെങ്കിലും അസ്വസ്ഥമാവുക ലയിക്കുക സ്വാസ്ഥ്യം സ്വത്തിൽ സ്ഥിതി തന്നിൽ തന്നെ നിൽക്കാതെ വരിക വിട്ടുപോവുക അത് ഈ പ്രപഞ്ചം അധിഷ്ഠാനമായ തത്കാര ബ്രഹ്മം ഇങ്ങനെ രണ്ടഭിപ്രായം പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തെക്കുറിച്ചാകാൻ സാധ്യത കുറവാണ് എന്നാൽ ഈ ശ്ലോകത്തിന് വ്യാഖ്യാനിക്കുന്നവർ പലരും ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചം ആ എന്ന് ചൂണ്ടിക്കാണിച്ചു പറയുന്നതൊക്കെ പൂർവാചാര്യന്മാർ ബ്രഹ്മത്തെയാണ് തദാകാരമായതെല്ലാം ബ്രഹ്മമെന്നാവശേഷിപ്പിക്കുന്നു ആ നിലയിൽ അധിഷ്ഠാനമായ തദാകാര ബ്രഹ്മം രണ്ടു തരത്തിലും പറയാം മറ്റുള്ളവർ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത് മര്യാദകേടുകൂടിയാണ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കണ്ടാൽ തെറ്റു പറഞ്ഞു എന്ന് ധരിക്കണ്ട രണ്ടും ശരിയാണ് ഏതെങ്കിലും ഒന്ന് വലിയ ശരിയും ഒന്ന് ചെറിയ ശരിയുമെന്ന് തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും പ്രിയത്തിനും വിടുന്നു അതാണ് പഠിപ്പിക്കുമ്പോഴുള്ള മര്യാദ പൊതുവായ പഠിപ്പിക്കലായതുകൊണ്ട് കാരണം അതിന്റെ പേരിൽ മനസ്സിന് മാറ്റം വരുത്തുന്നത് ഭ്രമമുണ്ടാക്കുകയാണ് അങ്ങനെ ഭ്രമമുണ്ടാക്കിയാൽ പിന്നീട് ഒരു അറിവും അവിടെ ഇരിക്കില്ല കാരണം ഏതെങ്കിലും ഒരു അറിവ് ചെറിയ ശരിയാണെന്ന് ധരിച്ച് അതിൽ നിന്ന് അല്പം കൂടി വലിയ ശരിയിലേക്ക് പോകുന്നത് സുഖമാണ് ഒന്ന് തെറ്റാണെന്ന് പഠിച്ചാൽ ശരിയാണെന്ന് പിന്നെ പഠിച്ചത് ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം വരും അതാണ് ഇന്നത്തെ പഠിത്തത്തിനെല്ലാമുള്ള വൈകല്യം കുറെ കാലം ഒരു ശരി ചുമന്നുകൊണ്ടിടുന്നു അത് കഴിയുമ്പോൾ ഒരുത്തം വന്നു പറയും ഇത് തെറ്റാണെന്ന് മനസ്സിലായില്ല രാജാര്യൻ ഉപദേശിക്കും സോഹമെന്ന് ജപിച്ചു അതാണ് ഏറ്റവും ശരി ബാക്കിയൊക്കെ തെറ്റാണ് അപ്പൊ അടുത്ത ആചാര്യൻ വന്ന് പറയും അത് അഹന്തയുണ്ട് സോഹം വേണ്ട പിന്നെ എന്ത് ജപിക്കും കാരണം നിനക്ക് പറഞ്ഞു തന്ന ആചാര്യന് ഒരക്ഷരം അറിയില്ലായിരുന്നു ഒന്നുകൂടെ കൂട്ടിക്കൂ ദാസോഹമെന്നാക്കിക്കോളാം കുത്തി ഇരുന്ന് ഇവൻ ജപിച്ചു കൊടുക്കും അവൻ മറ്റയാള് വീണ്ടും വരും ഇപ്പെന്താടാ ജപിക്കുന്നതെന്ന് ചോദിക്കും എടാ ഞാനങ്ങനെയല്ലോ പറഞ്ഞു തന്നു അല്ല ഇതാണ് ശരിയെന്ന് പറഞ്ഞു ഓ അയാൾ അത്രയ്ക്കായോ എന്നാൽ ഒരു അക്ഷരവും കൂടെ ചേർത്തൂടാ സദാസോഹം എന്നങ്ങ് ജവിച്ചോളാം മനസ്സിലായി അപ്പോ ഇടയ്ക്ക് തിരുത്തി പറഞ്ഞവൻ വീണ്ടും വരും ഒരു കറക്കം കിറങ്ങി ഭിക്ഷൊക്കെ കഴിച്ചുകയും ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞെന്ന ജപിക്കുന്നില്ലേ കൃത്യല്ലേ അല്ല ആചാര്യൻ പിന്നെയും വന്നു അദ്ദേഹം പറഞ്ഞു സദാസോഹമെന്ന് ജവിക്കാൻ ആ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയാ ഒരക്ഷരവും കൂടെ കുറവുണ്ട് ഇപ്പൊ അത് തെറ്റാന്ന് പറഞ്ഞില്ല ശരിയാണ് ഒരക്ഷരത്തിന്റെയും കൂടെ കുറവുണ്ട് ഓ അതെന്തോ ഇടാ ഒരു ദാവിയുടെ ചെറുത്തു ദാസദാസോഹം നന്നാക്കി കൊള്ളാ രണ്ടാഴ്ച കഴിഞ്ഞ മറ്റേ പുള്ളി വന്നപ്പോ ഇവന് വിനയവും സൗശീല്യവും കണ്ടു മറ്റത് ഇവൻ ആദ്യത്തത് പഠിപ്പിച്ചപ്പോൾ അല്പ അഹങ്കാരമൊക്കെ വന്നു ഞാൻ ഇന്നയാളിന്റെ ശിഷ്യനാണ് വേണ്ടി വന്നാൽ ആരെയും തല്ലു എന്നൊക്കെയുള്ള മട്ടി നിന്നവൻ രണ്ടാമത്തത് കൊണ്ട് അല്പം വിനയം വന്നെങ്കിലും കുറച്ചുകൂടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് പഠിപ്പിച്ച് മൂന്നാമത്തതായപ്പോൾ ഇവനൊരുമാതിരി ഭേദപ്പെട്ട വിനയമൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ഇത്തവണ ആചാര്യൻ തന്നെ വന്നപ്പോൾ പഠിക്കലേക്ക് ഇറങ്ങിച്ചെന്നു ഇരുന്ന് പൂജയും ഭവനവും ഒന്നും ആയിട്ടിരുന്നില്ല കൂട്ടിക്കൊണ്ടുവന്നു പാത്രമൊക്കെ ഇത്തവണ അവനെടുത്ത് കഴുകി ആചാര്യനല്ലേ ജ്ഞാനം അതുകൊണ്ട് ആചാര്യന്റെ പാത്രം ആചാര്യൻ കഴുകണ്ടേ എന്നൊന്നും ചോദിച്ചില്ല അപ്പോ ഗുരുവിന് തോന്നി ഇതായിരിക്കും ഭേദം ഇവൻ നേരെയാകാൻ അതുകൊണ്ട് പറഞ്ഞു ഇനി മാറ്റണ്ട അവങ്ങിരിക്കട്ടു പറയുന്ന പോലെ വിനയ സൗശീല്യാദികൾക്കു വേണ്ടി ഉപദേശിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് അന്ധകരണ അതേസമയം അന്ധകരണ ശുദ്ധി കഴിഞ്ഞു പോകുമ്പോഴുള്ള ആത്യന്തിക സത്യങ്ങളുടെ ഉപദേശമാണ് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം ഉണ്ടാവും അതുകൊണ്ട് രണ്ടും ശരിയാണെന്ന് തൽക്കാലം വിചാരിച്ചോളൂ പക്ഷെ ആത്യന്തികമായ ശരി ശരി ഒന്നേ ഉണ്ടാവും അത് മറക്കണ്ട അതുകൊണ്ട് ചിലര് ആ പ്രപഞ്ചം ചിലര് അധിഷ്ഠാനമായ തദാകാരബ്രഹ്മം അത് ഇന്ദ്രിയദൃശ്യമാകും സദ്ഭാവനിരതമായ ഇന്ദ്രിയങ്ങൾക്കുകൂടി ബോധ്യമാവും ഏത് തദാകാരബ്രഹ്മം ംസചക്ഷസുകൾക്കുകൂടി കാണാറാവും എന്നൊരു പ്രയോഗം അത് രസമുള്ള പ്രയോഗമാണ് പുരാണങ്ങളൊക്കെ വെച്ച് പഠിക്കുമ്പോൾ രസം കൂടുതലും ഉണ്ടാവും കണ്ടു ഭഗവാന്റെ വിശ്വരൂപം അർജുനെങ്ങനെയാണ്ടേ ദിവ്യം ദാമിരേ ചു പശ്യമേ യോഗമൈശ്വരം കിരീടിനം ഗദിനം ചക്രണം എന്നൊക്കെ നല്ല പോലെ കാണുന്നുണ്ട് ഓർക്കുന്നുണ്ടോ രണ്ടു തരത്തിൽ കാണുന്നുണ്ട് ദംഷ്ട്രാകരാളങ്ങളോടുകൂടി കാണുന്നൊരു കാഴ്ചയുണ്ട് കാലരൂപനായി അനന്തമഹാപുരുഷനായി ഭീതഭീതം പ്രണമിച്ചു പറയുന്നുണ്ട് ഭഗവാനെ അങ്ങയുടെ സൗമ്യരൂപത്തിൽ എനിക്ക് പ്രത്യക്ഷമായാലും ഇത് ദിവ്യചക്ഷുസും ഉണ്ടാകേണ്ടത് ംസൻ കാണുന്നുണ്ട് ആരാ കൂടുതൽ ഭക്തനെന്നൊന്നും എനിക്കറിയില്ല തല്ലിപ്പൊളി അവനും കാണുന്നുണ്ട് ഏതായാലും ശരിയല്ല എന്തായാലും ഭഗവാൻ അവന് ദിവ്യ ചക്ഷുസും നൽകിയുമില്ല അപ്പോ അവനേത് ചക്ഷുസുണ്ടാകണ്ടേ മാംസചക്ഷുസുണ്ടാകട്ടെ എന്തുകൊണ്ടാ കാണാൻ പറ്റിയേ ഗതാപ്രഹരമേറ്റ് അന്ധക്കരണത്തിലാവൃതമായ മനോമാലിന്യമത്രയും പോയപ്പോൾ അവൻ ശരിയായ രൂപത്തിൽ കാണുകയായിരുന്നു ഭാഗ്യവാൻ കൂടുതൽ അവനാണോ എന്ന സംശയം ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും എന്ന് വെച്ച അവന്റെ പണി നിങ്ങൾ തുടങ്ങിയാൽ കാണുമെന്ന് സ്വപ്നം കാണണ്ട അവന്റെ പണി നിർത്തിയാൽ പോലും കാണുമോ എന്ന കാര്യം ഇല്ല താൽക്കാലമില്ല ഇവൻ അങ് ഇവൻ അങ് കൂടെ എത്തി മോക്ഷ അർജുനന് അങ്ങനെ ഉണ്ടായില്ല തിരിച്ചു കൊണ്ടു അത് കാരണം താൽക്കാലികമായി കൊടുത്ത കണ്ണടയാണ് ഈ കണ്ണട വെച്ച് നോക്കിയപ്പോഴേ കണ്ടുള്ളു കണ്ണട ഊരിപ്പോയി മറ്റൊരു കയ്യിലിരിക്കുന്ന വെച്ചൊന്നും കൊടുത്തപ്പോ ഇവൻ കണ്ടത് ഇങ്ങനെയൊക്കെ പഠിക്കാതിരിക്കുകയാണ് നല്ലത് സന്ദർഭം വന്നപ്പോ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് കരുതും ഇവിടുത്തെ ആ പ്രയോഗം കൊണ്ട് ിയങ്ങൾക്ക് കാണാറാവുമോ അത് ഇന്ദ്രിയദൃശ്യമാകും അതുകൊണ്ടാണ് വ്യാഖ്യാതാക്കന്മാരൊന്ന് കുഴങ്ങിയത് അങ്ങനങ്ങ് കാണോ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആയിരം ആതിഥേയന്മാരൊന്നിച്ചുയരുന്നത് പോലെ ആയിരം സൂര്യന്മാരുടെ ചൂടും ആയിരം ചന്ദ്രന്മാരുടെ തണുപ്പുമുള്ള ആ സത്യത്തെ ജ്ഞാനിത കാണുന്നു ഭട്ടതിരി പറഞ്ഞത് കുറച്ചുകൂടെ ഗംഭീരമായിട്ടാണ് അഗ്രേവശ്യാമി അതിനീ ജ്ഞാനം അല്ല വേണ്ടത് അതിന് കറകളഞ്ഞ ഭക്തി കറകളഞ്ഞ ഭക്തി പരാഭക്തി വളരെ അപൂർവമായ ജ്ഞാനവും ഭക്തിയും ഒന്നിച്ചിരിക്കുകയുള്ളൂ അധ ഭക്തി വ്യാഖ്യാ സമൻ പരമപ്രേമൂപ യുവാൻ സിദ്ധോഭവതി തൃപ്തോഭവതി മത്തോത്തി ആത്മാരാമോ അപരാഭൃക്ൃതി തരേസ കാണുന്നുണ്ട് രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് ഗ്രിഗറി കാണുന്നുണ്ട് ഇങ്ങനെ കാണാൻ പറ്റും ശങ്കരനൊരായിരം തവണ കാണുന്നുണ്ട് കാരണം ഓരോ സ്തോത്രകൃതിയിലും കണ്ടാണ് എന്ന് നേരെ കാണുക ശാങ്കരസ്തോത്രങ്ങൾ മുഴുവൻ ഭക്തിയുടെ നിറഞ്ഞ ഭാവങ്ങളാണ് ഭക്തി സർവാീണമായി വിലസുന്ന ഗുരുദേവനും ഇത് കൂട്ടിക്കൂട്ടിക്കൊണ്ടെന്ന് അനുഭൂതിയുടെ ഒരു ദശയിൽ ഇന്ദ്രിയങ്ങൾക്കു വരെ കാണാറാകും ആ സത്യത്തെ എന്ന് പറയുകയാണോ അതല്ല ഈ പ്രപഞ്ചത്തെ അത് കഴിഞ്ഞും കാണാറാകുമെന്ന് പറയുകയാണോ എന്ന് സങ്കതവും രണ്ടും എടുക്കാം രണ്ടിലേതു ശരിയും നിങ്ങൾക്കെടുക്കാം എന്നോട് നിങ്ങൾ ചോദിച്ചാൽ രണ്ടും എനിക്കിഷ്ടമാണ് അതുകൊണ്ട് സ്വാമിക്കിഷ്ടമുള്ളത് ഞങ്ങൾ പഠിച്ചേക്കാം എന്ന് വിചാരിക്കാനാവില്ല നിങ്ങൾക്കിഷ്ടമുള്ളത് എടുക്കാം കടുത്ത വേദാന്തികൾക്ക് ഈ പ്രപഞ്ചം കാണുമെന്നെടുക്കാം നല്ല ഭക്തിയുള്ളവർക്ക് തഥാകാര ബ്രഹ്മത്തെ ഇന്ദ്രിയ നിർവിശേഷമായിത്തന്നെ കാണാൻ പറ്റുമെന്നെടുക്കാം നീരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എപ്പോഴും ഇല്ല ഉണ്ടോ ചില നേരത്തൊക്കെ ചൈതന്യനെ ജ്ഞാനത്തിന്റെ മഹാമേരിവിൽ നിന്നും ഭക്തിയുടെ അഗാധതയിലേക്ക് ഇറക്കിക്കൊണ്ടുന്നത് ആലോചിക്കുമ്പോൾ രസം തോന്നാറുണ്ട് കൃഷ്ണചൈതന്യനെ അറിയുവില്ല കേട്ടിട്ടുണ്ടോ ചൈതന്യ മഹാപ്രഭു മഹാപണ്ഡിതന്മാരെ മലർത്തിയടിച്ചിട്ടുള്ള മഹാസത്വനായ ശ്രീകൃഷ്ണ ചൈതന്യൻ കൽക്കത്തയിൽ പ്രതിവാദി ഭയങ്കരനായി നിലകൊണ്ട മഹാജ്ഞാനി ഒരു തോർത്തുമുടുത്ത് തമ്പുരുവുമെന്തി കൽക്കട്ടത്തെരുവിലൂടെ പാടി നടക്കുക ഭാവന ചെയ്യാൻ പറ്റുമോ കാണുന്നവരൊക്കെ പറയും ഭ്രാന്ത ആ മോളിൽ നിന്നുള്ള ഇറക്കം കുത്തനെയുള്ള ഇറക്കം ജ്ഞാനത്തിന് ഇങ്ങനെ ഒരു അതിലാണോ ഇതനുഭൂതിയിൽ ചെന്നെത്തുന്നത് അതല്ല ഇതുകൊണ്ട് അനുഭൂതിസമ്പന്നനായ ആചാര്യൻ അത് കഴിഞ്ഞും ജഗത്തിനെ മുമ്പ് കണ്ടതുപോലെ തന്നെ കാണുന്നുവോ എന്ന് ചോദിക്കാം രണ്ടാമത്തതിനു യുക്തിക്ക് കൂടുതൽ സാങ്കത്യമുണ്ട് കാരണം മരുപ്രദേശത്തെയും ഉദാഹരിച്ചിരിക്കുന്നു അതുകൊണ്ട് രണ്ടും വിടരുതാണ് അത് രണ്ടും നോക്കിക്കളയാ സമയം തരും എത്ര വരെ പോകാം സംഘാടകർ ആരെങ്കിലും ഫോർ തേർട്ടി വരെ ഈ പ്രപഞ്ചം ലയിച്ചു പോവുകിലും അത് ചിലർ പ്രപഞ്ചമെന്ന് ചിലർ അധിഷ്ഠാനമായ തദ്ബ്രഹ്മമെന്ന് ഇന്ദ്രിയദൃശ്യമാവും അപ്പോഴും ഈ പ്രപഞ്ചം ഉണ്ടാവും ഇന്ദ്രിയങ്ങൾക്ക് എന്നർത്ഥം ദിക്കിൻഭ്രമം വിടുകിലും ചില ആളുകൾക്ക് ദിഗ്ഭ്രമുണ്ടാവും ഇത് കൂടുതലും നിങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ പോകുമ്പോഴാണ് തോന്നുന്നു ശരിയല്ല കോയമ്പത്തൂരിൽ വരുന്ന ട്രെയിനും സ്വണ്ണൂരിൽ വരുന്ന ട്രെയിനും ചിലപ്പോൾ മാറിപ്പോവും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയെങ്കിൽ ഓണ്ടാവുമോ ചിലപ്പോണ്ടാവും വിഭ്രമുണ്ടാവും അവസാനം വണ്ടി വന്നു കഴിയുമ്പോൾ ദിക്ഭ്രമം വിടും പക്ഷെ അടുത്തതോണ വരുമ്പോഴും പഴയപോലെ തോന്നോ ആ സ്ഥലത്തെത്തുമ്പോൾ പഴയപോലെ തോന്നോ ഇടയ്ക്ക് പറയുകയും ചെയ്യും ഇവിടെ വരുമ്പോൾ എനിക്ക് കിഴക്കും പടിഞ്ഞാറും ശരിയാകുകയില്ല സ്ഥലത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്റെ എന്റെ ബോധത്തിന്റെ അല്ല ഇവിടെ വരുമ്പോ എനിക്ക് കിഴക്കും പടിഞ്ഞാറും ശരിയാവില്ല കിഴക്ക് പടിഞ്ഞാറായിട്ടും പടിഞ്ഞാറ് കിഴക്കായിട്ടും അങ്ങനെ ഒരു നന്ദി അത് വിട്ടുപോയാലും അവന്റെ അങ്ങനെ ദൃഗ്ഭ്രമമുണ്ടായ ആളിന്റെ ദൃക്കിന് കണ്ണുകൾക്ക് ദിക്ക് പുന പിന്നെയും അങ്ങനെ തന്നെ തുടർന്നും കാണാം ഇതാണ് ഉദാഹരണങ്ങളായി പറയുന്നത് വിവേകമുണ്ടായാൽ പ്രപഞ്ചമില്ലാതാവും ആത്മസ്വരൂപനായ തന്നിൽ പ്രപഞ്ചസ്വരൂപത്തിലുള്ള ജഗത്തിന് പ്രസക്തിയൊന്നുമില്ല എന്ന് തെളി അതാണ് അനുഭവം എന്നവന്റെ നില വിവേകമുണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം അവന് പ്രസക്തിയുള്ളതല്ല എന്നാലും ജ്ഞാനിക്കും ദേഹമുള്ള കാലത്തോളം ിയ വിഷയങ്ങളും ദിക്കുകളും അറിയും സത്യമറിയാവുന്നതുകൊണ്ട് അപകടം വരില്ല എന്ന് മാത്രം നാമരൂപങ്ങൾ മിഥ്യാദർശനങ്ങളാണ് സച്ചിദാനന്ദം മാത്രമാണുള്ളത് സാധനകൾ അനുഷ്ഠിച്ച് ഒരാൾ സത്യസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ് ഈ പ്രപഞ്ചമെപ്രകാരം ഏത് രൂപത്തിലിരിക്കും ഈ പ്രപഞ്ചം പ്രപഞ്ചം വ്യക്തിയുടെ അവിദ്യയിലും സമഷ്ടിയുടെ മായയിലും തന്നെ രണ്ടാണ് വഷ്ടിപ്രപഞ്ചവും സമഷ്ടിപ്രപഞ്ചവും രണ്ടാണ് അതാണ് വലിയ പ്രശ്നം വ്യക്തി എന്ന നിലയിലുള്ള നിങ്ങളുടെ ലോകവും അത് നിങ്ങളുടെ കുടുംബം ജാതി വർഗം വർണം മതം രാഷ്ട്രം വിശ്വം ഇവകളിൽ അധ്യസിക്കുമ്പോഴുള്ള പ്രപഞ്ചവും വേറെ വേറെയാണ് അനേക പ്രപഞ്ചങ്ങളിൽ മാറി മാറി കേളിയാടുന്നുണ്ട് നാം ഓരോരുത്തരും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഒരു പ്രപഞ്ചേ ഉള്ളൂ വ്യക്തി എന്ന നിലയിൽ ഒട്ടേറെ ദുഃശാഠ്യങ്ങളും ഒട്ടേറെ തീരുമാനങ്ങളും ഒട്ടേറെ സംഘർഷങ്ങളും ഉണ്ട് ശരിയല്ല പക്ഷേ ഈ വ്യക്തി അവന്റെ ജാതിയുമായി താതാത്മ്യം പ്രാപിച്ചാൽ മറ്റൊരു വ്യക്തിത്വമാവും അയാൾ വർണ്ണത്തില് ബ്രാഹ്മണ്യം ഛാത്രം വൈശ്യം മുതലായ തന്റെ വർണ്ണത്തില് ഭ്രമിക്കുമ്പോൾ മറ്റൊരു വ്യക്തിത്വമാണ് ആശ്രമധർമ്മത്തിൽ ബ്രഹ്മചാരി ആയാലും അയാളിൽ ഭാവാത്മകമായി ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയുണ്ട് ഗൃഹസ്ഥനായാലും അയാളിൽ ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയുമുണ്ട് കണ്ടില്ലേ അതാണോ സന്യാസം ഒരു രസം ചോദിക്കുവോ കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് അടുത്തം പറഞ്ഞത് ഞങ്ങൾക്കിവിടെ ഒരു സ്വാമിയാണ് സ്വാമിയാണെന്ന് പറയാൻ പറ്റില്ല എന്ത് പറ്റി കത്തി ഉണ്ടാക്കുകയാണ് പിന്നെ ചോദിക്കേണ്ടി വന്ന ഏത് ശ്രുതിയിലാണ് ഇയാൾ കത്തി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് അങ്ങനില്ലേ ഇല്ല ഇന്നത് ഉണ്ടാക്കരുതെന്നോ ഉണ്ടാക്കണമെന്നോന്നും ശ്രുതി വായിച്ചതായിട്ട് അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വല്ല ശ്രുതി ഉണ്ടോ അപ്പോ അങ്ങനെ ഇല്ല സ്വാമി അങ്ങനെയാണോ പറയുന്നത് അപ്പൊ കത്തി എന്ന് പറഞ്ഞപോലെ ഗൃഹസ്ഥനിൽ സന്യാസി ഇരിക്കുന്നുണ്ട് ഇറ്റ് നോട്ട് ഇല്ല ഏ അതുകൊണ്ട് ഗൃഹസ്ഥന്മാരും മൂന്നാല് പേര് കൂടിയാൽ അവരുടെ ഗുരുവിനെ ഇടയ്ക്ക് തിരുത്തും അദ്ദേഹത്തിന്റെ ഗുരു കൊടുത്ത വസ്ത്രത്തിന്റെ കളറൊക്കെ മാറ്റും സ്വാമി കാലത്തിനൊത്ത് വേണം വസ്ത്രത്തിന്റെ കളറ് പോരാ ഞങ്ങൾ ഒരെണ്ണം മുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബായികം പിടിച്ചു നടക്കുക പറ്റിയില്ല സ്വാമി ഞങ്ങളൊരു ബായിക്ക് തയ്ച്ചു പോകുന്നു ഇന്നോലിത് മതി സ്വാമിയുടെ ചെരുപ്പിന് ഭംഗി പോരാ സ്വാമി രണ്ടു മൂന്ന് ഗൃഹസ്ഥന്മാരുടെ കൂടെ പോയതാണ് ഹിമാലയത്തില് അവര് തീരുമാനിച്ചൊരല്പം വില കൂടിയേ ചെരിപ്പാണ് ഇല്ലേ നമ്മുടെ കൂടെ എങ്ങനെ കൊണ്ടു കിടക്കും കൂടെ നമ്മൾ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ല ഇല്ല ശരിയല്ലേ ഏ ചേപ്പെത്തിയോ ചേപ്പെത്തിയോ നമ്മളൊരു സ്റ്റാൻഡേർഡില്ലേ നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നില്ലെങ്കിൽ നമ്മളെങ്ങനെയാ നമ്മുടെ ഗുരുവാണെന്ന് പറയാൻ പറ്റുന്ന ചായക്കിട നടത്തി കൊണ്ടിരിക്കുമ്പോൾ മുണ്ടും മാടിക്കെട്ടി ചായ തിളപ്പിക്കുകയും ചായ അടിക്കുകയും സപ്ലൈ ചെയ്യുകയൊക്കെ കൂടെ ചെയ്യാം അത് ചായക്കിട മാറിയും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആകുമ്പോഴേക്കും ഒരു കിന്നരിത്തൊപ്പിയൊക്കെ വെച്ച് ആളത് തന്നെയാണെങ്കിലും ആ കിന്നരിത്തൊപ്പിക്ക് ഒരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ കഴിക്കുന്നവന് മൂന്നു ദിവസമായി വളിച്ചതാണെങ്കിലും ആ തൊപ്പിയുടെ മഹാത്മ്യം കൊണ്ട് രണ്ട് രൂപ ടിപ്പ് കൊടുക്കാൻ തോന്നും ഇല്ലയോ നിങ്ങളാരും കയറാറില്ലെന്ന് ഞാൻ മാത്രമേ ഹോട്ടലിൽ പോകാറുള്ളൂ ഭക്ഷണം കയറുമ്പോ ഇവനീ കിന്നരിത്തൊപ്പിയൊക്കെ വെച്ച് കയ്യിൽ ഡാൻസ് കളിച്ച് ഒക്കെ തരികയും ഇവനീ മടക്കി ഇത് തരികയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ ഒരു അമ്പത് രൂപയെ കുറഞ്ഞ് ടിപ്പ് കൊടുക്കുക ശരിയല്ലേ അതുകൊണ്ട് അവൻ തന്നെ മാനേജ്മെന്റിനോട് പറഞ്ഞിരിക്കുന്ന ശമ്പളം വേണ്ട ടിപ്പ് മതി എന്നാണ് ഇവിടെ നിയമിച്ചാൽ മതി ശമ്പളേ ഉള്ളൂ ടിപ്പില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വ്യത്യാസമുള്ളൂ അപ്പൊ അത് കാരണം കൂടെ ഉള്ളവര് പറയും പോലൊക്കെ വേണം അപ്പൊ അത് ഗൃഹസ്ഥനിൽ സന്യാസി കിടക്കുന്നതുകൊണ്ടാണ് അപ്പോ ഗൃഹസ്ഥനിലുണ്ട് വാനപ്രസ്ഥനിലും ഉണ്ട് ഇതിലൊക്കെ കൂടുതൽ സന്യാസി ഗൃഹസ്ഥനാണ് അത് വലിയ അപകടമാണ് ഇതിൽ അങ്ങേ തലവരെ എത്തിയിട്ട് പിന്നെ താഴെ ഗൃഹസ്ഥൻ കിടക്കുകയാണ് അഹങ്കാരി അവൾ നമസ്കരിച്ചില്ല ഗൃഹസ്ഥയാണെങ്കിൽ നമസ്കരിക്കേണ്ടതല്ലേ അപ്പൊ സ്വാമിയിൽ സ്വാമിത്വം കിടക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് കിടക്കുന്നു ഗാർഹസ്ഥ്യം കിടക്കുന്നു ഇതൊക്കെയുണ്ട് ഇതൊക്കെ കലർന്നായിരിക്കുന്നു അതുകൊണ്ട് അനേക പ്രപഞ്ചങ്ങളുണ്ട് ഒരു പ്രപഞ്ചമല്ല ഇതെരിഞ്ഞടങ്ങുന്നത് വിവേകാവസ്ഥയിലാണ് വിവേകം വന്നാൽ നാമരൂപാത്മകമായ ഈ മിഥ്യാദർശനങ്ങളെല്ലാം അടങ്ങും മാത്രമല്ല സത്യസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ് ഈ പ്രപഞ്ചം എങ്ങനെ തോന്നും അദ്ദേഹത്തിന് വ്യഷ്ടിപ്രപഞ്ചം ലെവലേശം നിലനിൽക്കുമോ സമഷ്ടിപ്രപഞ്ചം നിലനിൽക്കുമോ വഷ്ടിപ്രപഞ്ചമെന്നത് അവിദ്യാരൂപമാണ് സമഷ്ടിപ്രപഞ്ചമെന്നത് മായാരൂപമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വഷ്ടിയുടെ ജന്മജന്മാന്തര പുണ്യപാപങ്ങളുടെ ഫലമായ വഷ്ടി ലോകത്തില് ആണ് ഒരു ജന്മത്തിലെ ഏറിയ പങ്കും വ്യക്തി കഴിഞ്ഞുകൂടുന്നത് പൂർവജന്മാർജിതമായി എത്ര ശതമാനം അയാളുടെ ജീവിതവ്യാപാരങ്ങൾ സമഷ്ടിയിലർപ്പിതമായോ മായാവൃതമായ ആ സമഷ്ടിയിലാണ് അയാൾ കുറച്ചുകാലം കഴിയുന്നത് വെഷ്ടികാമനകളുടെ ലോകമില്ലാതെ കർത്തവ്യകർമ്മങ്ങളുടെ ലോകങ്ങളിൽ അനേക ജന്മം ഒരുവൻ ജീവിക്കുമ്പോൾ അവൻ സമഷ്ടിമായ രൂപത്തിന്റെ അജ്ഞാനത്തിൽ മാത്രമാണ് നിലകൊള്ളുന്നത് വഷ്ടിപ്രപഞ്ചം അവനില്ല ഞാനെന്നും മമത അവനില്ല അജ്ഞാനമുണ്ട് ഈ അജ്ഞാനത്തെ കടന്ന് സമഷ്ടിമായയുടെയും വ്യഷ്ടി അജ്ഞാനത്തിന്റെയും തലങ്ങളെ കിടക്കുമ്പോൾ വ്യക്തിയുടെ അവിദ്യയിലും സമഷ്ടിയുടെ മായയിലും രണ്ടിലുമെങ്ങനെ സമഷ്ടിമായ മാറുന്നില്ല അതുകൊണ്ട് ജ്ഞാനം വന്നവന് വിവേകം വന്നവന് അജ്ഞാനത്തെ വേറിട്ട് കാണാം ഒരാൾ അഹംവൃത്തിയെ ഇദം ആയും ഇതം വൃത്തിയെയും ഒരുപോലെ അന്വേഷിക്കാം ഒന്ന് കർത്തൃബോധത്തെയും രണ്ടാമത്തത് ജഗത്ബോധത്തെയും ഉണ്ടാക്കുന്നു അഹങ്കാരത്തിന്റെ രണ്ട് തലങ്ങളാണ് ഒന്ന് കർത്തൃത്വബോധത്തെയും ഞാൻ ചെയ്യുന്നു മുതലായ ബോധത്തെയും മറ്റൊന്ന് ഞാൻ അനുഭവിക്കുന്നു മുതലായ ബോധത്തെയും ഉണ്ടാക്കുന്നു വൃത്തിയസ്തമായ അറിവിൽ വിശ്വമില്ല അതിന്റെ വിത്താം അവിദ്യയുമില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു ശ്ലോക ഏതാ ശ്ലോക ഏതാ ഏ എത്രാമതെയാ നാലാമത്തെ ഇത് രണ്ടുമില്ല എന്ന് കണ്ടു അജ്ഞാനവും തത്കാരണമായ അവിദ്യയും ജ്ഞാനിയിലില്ല വർത്തിവിട്ടാൽ തിരിവിട്ടാൽ വിളക്കു പൊലിയുന്നു ഇരുളും വരുന്നു ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞാനിക്കീ പ്രപഞ്ചം എങ്ങനെയാണെന്ന് ആർക്കും സംശയമുണ്ടാവും ആ സംശയത്തിനുത്തരം അവിടെ പറയുന്നത് കയറ് കയറിലിരിക്കുന്നത് സ്വാസ്ഥ്യമാണ് കയറിൽ പാമ്പിരിക്കുന്നത് അസ്വാസ്ഥ്യമാണ് സ്ഥാനം തെറ്റിയുള്ള ഇരുപ്പാണ് ബോധം ബോധത്തിലിരിക്കുന്നത് സ്വാസ്ഥ്യമാണ് ബോധത്തിൽ ജഗത്തിരിക്കുന്നത് അസ്വാസ്ഥ്യമാണ് ബോധത്തിൽ ജഗത്തിരിക്കുന്നതാണ് രോഗം ഈ അടിസ്ഥാനത്തിലാണ് ആയുർവേദവും പോകുന്നത് സ്വത്തിൽ സ്ഥിതി ഞാൻ എന്നിലിരിക്കുക എനിക്ക് പകരം കുറെ വൈറസുകളും അമീപകളും ബാക്ടീരിയകളും ഒക്കെ എന്നിലിരിക്കുക എവിടുന്നൊക്കെയോ അവയെ ആനയിച്ചുകൊണ്ടുവെന്ന് എന്റെ സ്ഥാനങ്ങളിൽ അവയെ കയറ്റിയിരുത്തുക കോശങ്ങളെ ക്രമം തെറ്റിയിരുത്തുക അഗ്നിയെ മാറ്റിയിരുത്തുക സമദോഷ സമാത്നിശ്ച സമധാതു മലക്രിയാ പ്രസന്നാത്മേന്ദ്രിയ മനാഹ സ്വസ്ഥീയത അവിടെ നിർവചന ഇത് അജ്ഞാനം കൊണ്ടാണ് സംഭവിക്കുന്നത് അജ്ഞാനം മാത്ര ഇതിന് കാരണം അറിവുണ്ടായ മരുന്നൊന്നും വേണ്ട അറിവുണ്ടാവൂല്ലെന്ന് ഉറപ്പായതുകൊണ്ട് മരുന്ന് മേടിക്കാൻ പോയാൽ ബോധം ബോധത്തിലിരിക്കുന്നു എന്ന് വന്നാൽ ഒരസ്വാസ്ഥ്യവും വരില്ല സ്വാസ്ഥ്യ ചിന്തനത്തിന്റെ അടിത്തറ തന്നെ അതാണ് അപ്പൊ ഇവിടെ അതുകൊണ്ട് വേറിട്ട് കാണാം അഹംവൃത്തിയെയും ഇതം വൃത്തിയെയും ഒരുപോലെ അന്വേഷിക്കാം അത് കർത്തൃബോധത്തെയും ജഗത്ബോധത്തെയും ഉണ്ടാക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ജ്ഞാനിക്കെങ്ങനെയെന്ന് നാലാം ശ്ലോകത്തെ ആസ്പദമാക്കി ചോദിക്കേണ്ടി വരുന്നത് കയറ് കയറിലിരിക്കുന്നത് സ്വാസ്ഥ്യമാണ് കയറിൽ പാമ്പിരിക്കുന്നത് അസ്വാസ്ഥ്യവുമാണ് സ്വത്തിൽ സ്ഥിതിയാണ് സ്വാസ്ഥ്യം ജ്ഞാനിക്ക് പ്രപഞ്ചം ഇല്ലാതായി ജ്ഞാനിയിൽ ജ്ഞാനോദയത്തിൽ ഭ്രാന്തിയില്ല സമാധിയിൽ നിന്നും വിരമിച്ചാൽ ഉദ്ധാനദശയിൽ പ്രപഞ്ചം കുറച്ച് സമയത്തേക്ക് അനുവർത്തിക്കുന്നു അനുവൃത്തി മാത്രമായി ജ്ഞാനിയിൽ കാണപ്പെടുന്ന ദ്വൈതത്തിന് പ്രമാണമെന്താ സ്വ അനുഭവം മാത്രമാണ് പ്രമാണം സ്വന്തം അനുഭവം മാത്രമാണ് പ്രമാണം വേറെ പ്രമാണങ്ങളില്ല സ്വപ്രമാണത്തിലായിരിക്കണം ഗുരുദേവനും ഇത് പറഞ്ഞിരിക്കുന്നത് ഒട്ടേറെ ആചാര്യന്മാർ സ്വപ്രമാണത്തില് ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ തുറന്നു വെക്കുന്നത് ഗുരുദേവൻ ഗുരുദേവനെയാണെന്ന് വിചാരിച്ചാൽ ഏറ്റവും നന്നാവും സ്വ അനുഭവഗീതി എന്നീ രണ്ട് ശ്ലോകത്തെ പറയാം അത് വളരെ ഭംഗിയായിട്ടും പറഞ്ഞിട്ടുണ്ട് പ്രതിബന്ധമുള്ളതുകൊണ്ടാണ് സദ്യോമുക്തി ഉണ്ടാകാത്തത് അതുകൊണ്ടാണ് അവിടെ ആ ഉദാഹരണം പറയുന്നത് കിൻഭ്രമം വിടുകിലും അവിദ്യാനിവൃത്തി ഉണ്ടായിക്കഴിഞ്ഞും അവിദ്യയിൽ നിന്ന് നിവർത്തിച്ചു കഴിഞ്ഞും അവിദ്യ അനുവൃത്തി അതിന് വേറൊരു പേരാണ് ബാധിത അനുവൃത്തി എങ്ങനെയുണ്ടാകുന്നു എന്ന് ദൃഷ്ടാന്തം കൊണ്ട് പറയുകയാണ് ദിഗ്രമം അറിവുകൊണ്ടു മാറിയാലും സംസ്കാരം കൊണ്ട് കുറച്ച് നിലനിൽക്കും അതാണ് ഈ ഉപദേശം പെട്ടെന്ന് വലിക്കില്ല അതുകൊണ്ടാണ് ഉപദേശിക്കുന്നവനോടൊപ്പം കുറെക്കാലം സേവ ചെയ്ത് ജീവിക്കാനൊക്കെ ആചാര്യന്മാർ പറയുന്നത് അതിന്റെ കാരണം ഇതാ കാരണം ഉപദേശം കേട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നത് പഴയ പണിക്ക് പഴയകാലത്ത് ഈ ആലുവായി എന്നാണ് പാലക്കാട്ടേക്കൊക്കെ തുണിയും മറ്റും കൊണ്ടുവന്നിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന ആലുവയാണ് കേട്ടിട്ടുണ്ടോന്നറിയില്ല കേട്ടിട്ടുണ്ടോ ഇല്ല കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എറണാകുളം അല്ല ആലുവയായിരുന്നു ഇന്നും ആലുവായി ചെന്നാൽ കാണുന്ന നെടുങ്കൻ കെട്ടിടങ്ങൾ ആലുവയുടെ പ്രതാപഐശ്വര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അതിന് കാളവണ്ടി അല്ല കൊണ്ടിരുന്നത് എല്ലാ സാധനവും ആലുവ മാർക്കറ്റിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ പത്ത് പന്ത്രണ്ട് കാളവണ്ടി ഉണ്ടാവും കാളവണ്ടിയുടെ മുമ്പില് ഒരു കെട്ട് പുല്ല് കാളയ്ക്ക് മുമ്പിലായിട്ട് കുറച്ച് നീണ്ടി വെച്ച് കാളക്ക് എത്തുകയല്ലാത്ത ഒന്ന് കെട്ടിവെച്ചിരിക്കുന്ന ഒരു കെട്ട് പുല്ലാണ് ഒരു രാന്തൽ കെട്ടി നൂക്കിയിട്ടുണ്ടാവും രാത്രിയിലാണ് കാളവണ്ടിക്കാരൻ വണ്ടിയുടെ മുമ്പിലിരുന്ന് ഉറങ്ങുന്നുണ്ടാവും ഫ്രണ്ടിലെ ഒരു കാളവണ്ടിക്കാരൻ മാത്രം ഉറങ്ങില്ല ഈ വണ്ടിയുടെ പുറകെ ബാക്കി വണ്ടികളെല്ലാം പോകുന്നുള്ളൂ കാള സംസ്കാരം കൊണ്ടാണ് ഇത് ഒരേ പാതയിൽ ഉറങ്ങിയാലും പോരും കാരണം കാളയ്ക്ക് വഴിയറിയാം മനസ്സിലായില്ല ഇതുപോലെ നമ്മുടെ ഒരു അനുവൃത്തിയുണ്ട് അവിദ്യാനിവൃത്തി വരുമ്പോഴും ബാധിതാനുവൃത്തി അതാണ് ഇവിടെ ഉദാഹരണം കൊണ്ട് പറയുന്നത് ദിഗ്ഭ്രമം അറിവുകൊണ്ട് മാറിയാലും സംസ്കാരം കൊണ്ട് കുറച്ച് നിലനിൽക്കും ശേഷം സംസ്കാരം കൂടി അസ്തമിക്കുന്നതോടെ അത് ിലനിൽക്കുന്നതിന് കാരണമായ കുറച്ചജ്ഞാനമവശേഷിക്കും അതുവരെ ദ്വൈതവ്യവഹാരമുണ്ടാവും ഇതാണ് ജ്ഞാനിയുടെ വ്യവഹാരം ജീവൻ മുക്തജ്ഞാന നിവൃത്ത ജ്ഞാനോപി अनुवृत्त अवृत्तहाद्वै सिद्धि आत्मज्ञानोदय अज्ञान निवृत्ति जीवितवस्थ कर्तृत्व सुखदुख मुदल देहाध्यासजन्बंध വേർപെടുമെങ്കിലും അതിന്റെ അനുവൃത്തി ജീവൻമുക്തനിലുണ്ടാവും അപ്പോൾ സദ്യോമുക്തി ഉണ്ടാവില്ല ഇതാണ് ഗുരുദേവൻ ഉദാഹരണം കൊണ്ട് പറയുന്നത് ഈ അവസ്ഥയെ ജീവൻ മുക്തി എന്ന് പറയും വണ്ടിയുടെ ചക്രം ഊരിത്തെറിച്ചാൽ യന്ത്രസംയോഗം വിട്ടാലും സ്വഭാവേന കറങ്ങുന്ന പോലെ എപ്പോഴെങ്കിലും തെറിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഏ വണ്ടിയുടെ ചക്രം ഊരിത്തെറിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഫിലിമിൽ കണ്ടിട്ടുണ്ടോ അപ്പൊ അതിങ്ങനെ കറങ്ങിക്കറങ്ങിപ്പോയി ഒരിടത്തിയെന്ന് മറി ആ ചക്രം അതുവരെ പോവും വണ്ടിയോ ഒരു സൈഡിലേക്ക് ഞാൻ നിലത്തൂടെ വലിയ അപ്പൊ യന്ത്ര വിയോഗം വന്നാലും എന്നതുപോലെ ജ്ഞാനം വന്നാലും ഇതാ നേരത്തെയുള്ള ആവേഗത്തിൽ കുറച്ചു പോകും മധുസൂദന സരസ്വതി എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഭഗവത്ഗീതയുടെ ഏറ്റവും നല്ല ഭാഷ്യങ്ങളിൽ ഒന്ന് എഴുതിയിട്ടുള്ള ആചാര്യനാണ് ഭക്തി രസായനമെന്ന സുപ്രസിദ്ധമായ ഭക്തികാവ്യത്തിന്റെ കർത്താവുമാണ് ഭക്തിയെ പത്താമത്തെ രസമായി പറയുന്ന അതുല്യ ആചാര്യന്മാരിൽ ഒരാളാണ് മധുസൂദന സരസു ബംഗാളിലാണ് ജനിച്ചത് കാരണം അനുവൃത്തി എങ്ങനെ നിലനിൽക്കും അനുവൃത്തി എന്ന പദത്തോട് വളരെ അടുപ്പുള്ള രണ്ട് പദങ്ങളാണ് അഭിക്രമനാശവും പ്രത്യവായവും ഭഗവത്ഗീതയിൽ ജ്ഞാനം കൈവന്നാൽ നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോനവിദ്യതേ കേട്ടിട്ടുണ്ടോ ഇത് സ്വൽപ്പയാ മധുസൂദന സരസ്വതി ബംഗാളിലാണ് ജനിച്ചത് ചെറുപ്പം കൊച്ചുകുട്ടിയാണ് നാലഞ്ചു വയസ്സേ ഉള്ളു അച്ഛനും അമ്മയും കൂടെ തീർത്ഥാടനത്തിന് കാശിയുള്ളൂ കാശി ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥ ഘട്ടമാണ് സീറ്റ് ഓഫ് ലേണി അപ്പൊ അവിടെ ഒന്ന് തീർത്ഥാടനത്തിന് പോകുന്നവര് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കാണുന്നത് ആശ്രമങ്ങളാണ് നിങ്ങൾ പോയാലോ നിങ്ങൾ പോയാലോ ചൗക്കൊക്കെ കാണാൻ മറക്കും മാർക്കറ്റെല്ലാം പോയി കാണും കാരണം അവിടുന്ന് വല്ലതും മേടിക്കാനുള്ളത് ഇപ്പോ മധുസൂദന സരസ്വതിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ നടന്ന് ആശ്രമങ്ങൾ കാണുകയാണ് അവർ നടന്നടന്ന് വിശ്വേശ്വരജിയുടെ ആശ്രമത്തിലെത്തി അവിടെ വന്നു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കുട്ടി ഓടി വന്ന് ഒരു പട്ടുകൊണ്ട് പൊതിഞ്ഞ പൊതി കൈയിലെടുത്തു അമ്മയോടി ഒന്ന് പറഞ്ഞു അത് സ്വാമിമാരുടേതാണ് മഹാത്മാക്കളുടേതൊന്നും നമ്മൾ തൊടാൻ പാടില്ല എടുക്കാൻ പാടില്ല പറഞ്ഞില്ല എന്റെയാണ് ഞാൻ തരൂല്ല പിടി ബലമായ പിടിയാണ് അമ്മ ആവുന്നുവൊക്കെ ശ്രമിച്ചു അപ്പോഴാണ് വിശ്വേശ്വര ജീവൻ ദയം കരുണാമയം അഹൈതുകൃപാസിന്ധുവുമായ ഒരു ആചാര്യനാണ് അദ്ദേഹം ഒന്ന് ചോദിച്ചു മോനെ നിന്റെയാണെന്നത് നീ പറയുന്നു അതെന്താണ് ആ ഒരു രസത്തിന് തോം പറഞ്ഞതിൽ പുസ്തകമാണ് പുസ്തകം തന്നെയാണ് അപ്പൊ വിശ്വേശ്വരജിക്ക് തല്ലൊരു ഔത്സുഖ്യം കൂടുതലായി എന്തു പുസ്തകമാണ് ഭഗവത്ഗീതയാണ് ആദ്യമായിട്ടൊരു പൊതിഞ്ഞ പൊതി കാണെന്നും അതിന്നതാണ് ഇത് നിൻ്റെതാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതിന്റെ പത്താം അധ്യായം വരെ ഇതിന്റെ മൂന്നധ്യായം വരെ ഞാൻ ടീക്ക ബാക്കി ടീക്ക ഞാൻ വന്നിരിക്കുന്നത് വിശ്വേശ്വരജി പറഞ്ഞു ഇനി ഇവനെ കൊണ്ടുപോട്ട അച്ഛനമ്മമാർ അവിടെ വിട്ടു വിശ്വേശ്വർജിയിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിച്ചു പ്രസിദ്ധമായ ഗീതാഭാഷ്യം സംയോജിപ്പിച്ചു പൂർവജന്മ സംസ്കാരം ഈ ജന്മത്തിലേക്ക് വരെ നീണ്ടു കിടക്കും जन्म ജന്മസംസിദ്ധമായി നിൽക്കും പല സംസ്കാരങ്ങളും നന്മയുടെയും തിന്മയുടെയും എന്ത് ചെയ്യുമ്പോഴും ഒരു സംസ്കാരം അവിടെ കിടക്കും കൽച്ചട്ടിക്കകത്ത് രസം വെക്കുന്ന പോലെ മനസ്സിലായില്ല കൽച്ചട്ടി രസം വെച്ച് കഴിഞ്ഞിട്ട് കാപ്പിയൊന്നും തിളപ്പിച്ചു നോക്കിയാൽ മതി എങ്ങനെ ഇരിക്കും നല്ലോല കഴുകിയിട്ട് തിളപ്പിച്ചാൽ വിമ്മിട്ട് കഴുകിക്കൂ ഇനി കുറയ്ക്കണ്ട എങ്ങനെ ഇരിക്കും കായത്തിന്റെയും മല്ലിയുടെയൊക്കെ സ്വാദം ഉണ്ടാവു കാപ്പിയെ ഏ ഉണ്ടാവോ അതെങ്ങനെയാ പാലക്കാട്ടൊന്നും ഇപ്പൊ അടുക്കള കേറുന്ന അമ്മമാരില്ലോ ഏ കയറോ സംസ്കാരം നിൽക്കും അല്ലെങ്കിൽ ഓട്ടച്ച് വർഗണം നമ്മുടെ സംസ്കാരം ജന്മജന്മാന്തരമാണ് ചിലത് തീർക്കാനാണ് ജന്മം അദ്വൈതാനുഭൂതിയിലെത്തിയാലും ജീവൻമുക്ത ജീവൻമുക്തജ്ഞാന നിവൃത്ത ജ്ഞാനോപി അനുവത്തദേഹാതിപ്രതിഭാസ്സ അദ്വൈതസിദ്ധി ആത്മജ്ഞാനോദയത്തിന്റെ ഭാവങ്ങൾ ഉണ്ടായാലും ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാലും അജ്ഞാനനിവൃത്തിയുണ്ടാകിയ ജീവിതാവസ്ഥയിൽ തന്നെ കർത്തൃത്വവും സുഖദുഃഖവും മുതലായ ജീവിത അധ്യാസങ്ങൾ ദേഹാധ്യാസങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ എല്ലാം വെറവിട്ടു പോകുമെങ്കിലും അതിന്റെ അനുവൃത്തി ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസനാനുത്ബുദ്ധ സൂക്ഷ്മശരീരമെല്ലാം ജ്ഞാനം കൊണ്ട് പരിഭാഗം വന്ന് എല്ലാ അജ്ഞാനവും ജാഗ്രത്തിലും സ്വപ്നത്തിലുമൊക്കെ വിട്ടുപോയാലും അതിന്റെ അനുവൃത്തി ജീവൻമുക്തനിൽ കാണാം അതുകൊണ്ടപ്പോൾ സദ്യോമുക്തി ഉണ്ടാകില്ല ഈ അവസ്ഥയെ ജീവൻ മുക്തി എന്ന് പറയാം ജ്ഞാനം മാറിയാലും അനുവത്തിയുണ്ടാവും അപ്പോൾ സ്വയം അകർത്താവായ ജ്ഞാനി അന്യദൃഷ്ടിയിൽ കർത്താവും അദ്ദേഹത്തിന് യാതൊരു കർത്തൃത്വമില്ല പക്ഷേ അന്യർ നോക്കുമ്പോൾ കർത്താവാവുകയും ചെയ്യും ജ്ഞാനിയിലജ്ഞാനം അനുവൃത്തി രൂപേണ അല്പമുണ്ട് പ്രതിബന്ധത്തിന്റെ ഭാവാഭാവങ്ങളാണ് കാര്യോൽപത്തിക്കും അനുൽപത്തിക്കും കാരണം ജ്ഞാനിയിൽ കർമ്മശേഷം അവശേഷിക്കുകയാൽ ശരീരനാശമില്ല ഇതാണ് തൂലാവിദ്യ അല്ലെങ്കിൽ ലേശാവിദ്യ ഇതിനൊരു പ്രമാണേ ഉള്ളൂ സ്വാനുഭവം അതുകൊണ്ടിത് മാറി നിന്ന് പഠിക്കാനൊക്കെ പ്രയാസമാണ് എങ്കിലും പുസ്തകത്തിലത് ഭംഗിയായി വളരെ മനോഹരമായി നമുക്ക് പഠിക്കാൻ ഒരാചാര്യൻ പറഞ്ഞു തന്നിരിക്കുന്നു ജ്ഞാനം കൈവന്നാലും ഈ തൂലാവിദ്യ ലേശാവിദ്യ അവിടെ നില അത് ആ ലേശാവിദ്യ അതിന്റെ അതിവൃ അനുവൃത്തി എന്ന് പറയുന്നത് അതിനെയാണ് എന്നാൽ മധുസൂദന സരസ്വതിക്ക് ഞാൻ മുമ്പ് പറഞ്ഞ മധുസൂദന സരസ്വതിക്ക് ഈ അദ്വൈതസിദ്ധികാരന്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായവും കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അവിദ്യയ്ക്ക് അവയവമില്ല അവിദ്യ ഒരു ഭാഗം നശിക്കുകയും മറ്റേ ഭാഗം നശിച്ചില്ലെന്ന് വരികയും പറയുന്നത് യുക്തമല്ല അങ്ങനെ പറയുന്നത് വേദാന്തമജ്ഞാനത്തെ നശിപ്പിക്കില്ല എന്നതിന് തെളിവാകും അപ്പോൾ ശാസ്ത്രം സാർത്ഥകമല്ലെന്നും വരും ഉപദേശങ്ങൾ ർത്ഥമാണെന്നും വരും അതുകൊണ്ട് ലേശാവിദ്യയും ചേരാതെ വരും അദ്ദേഹം കുറെ കൂടെ ഉയർത്തിയാണ് ഈ ഘട്ടത്തെ പറയുന്നത് അത് ഇവിടെ കൂടുതൽ യോജിക്കുകയും ചെയ്യും വാക്കുകളിൽ എരിഞ്ഞ വസ്ത്രം അതേപോലെ ചാമ്പലായി കാണുന്നതിന് ദഗ്ധപടന്യായം എന്ന് പറയും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല നല്ല ഉദാഹരണം നിങ്ങളോട് പറയാൻ എളുപ്പം കടലാസാണ് ചിലപ്പോൾ നിങ്ങൾ നന്നായി എഴുതി വെച്ച സാധനം ചില നേരത്ത് പിള്ളേര് കൊണ്ടുപോയി കത്തിച്ചേന്റെ കൂടം കത്തിപ്പോകും അപ്പം അങ്ങനെ കത്തിക്കിടക്കുമ്പോൾ ചെന്നു നോക്കുമ്പോൾ നമ്മൾ എഴുതി വെച്ച നല്ല സാധനം ആ മോളി കിടക്കുന്നത് മുഴുവൻ കത്തിപ്പോഴും എന്തിലും അതായത് പ്രിന്റ് ചെയ്തത് നല്ലപോലെ തെളിഞ്ഞാണ് ആചാരത്തെ കണ്ടിട്ടുണ്ടോ ഇളക്കരുത് ഇളക്കരുത് ഞാൻ ഒന്ന് എഴുതിയെടുത്തോട്ട് പറയും കണ്ടിട്ടില്ല ആർക്കും അനുഭവമില്ല ഇതിന് ദഗ്ധപടൻ ന്യായമെന്നുള്ള കത്തിക്കഴിഞ്ഞു പൂർണമായി പിള്ളേരിങ്ങനെ ഒരു കളി കഴിഞ്ഞു കളിക്കും അതും കണ്ടിട്ടുണ്ടോന്നറിയില്ല നൂലുപ്പുമുക്കും ടൊയിൻ കണ്ടിട്ടില്ല ആദ്യ ഒരു ടൊയിൻ എടുത്തുകൊണ്ട് വന്നിട്ട് കറന്നോരോട് ചോദിക്കും ഈ ടൊയിൻ പത്ത് പൈസ നാണയത്തെ കെട്ടിത്തൂക്കിയിട്ട് ഇത് കത്തിച്ചു കളഞ്ഞാൽ നാണയം അവിടെ നിർത്താവോന്ന് ചോദിക്കും എന്നിട്ട് ടൊയിന് കെട്ടിത്തൂക്കാൻ അപ്പൂപ്പനെ സഹായിക്കും അപ്പൂപ്പൻ കെട്ടിത്തൂക്കിട്ട് കത്തിക്കും നാണയം താഴെ വീഴും അപ്പൊ ഇവൻ എളിയന്ന് തൊഴിലിനെടുത്തിട്ട് പറയും ഞാൻ കെട്ടിത്തൂക്കി കാണിക്കുക എന്നിട്ട് ഇവനൊരു കാര്യം ചെയ്യും ഈ നാണയം ഉപ്പ് മുക്കി ഉണങ്ങിയ നൂലെ കെട്ടിത്തൂക്കും മനസ്സിലായില്ല എന്നിട്ട് കത്തിക്കും മുഴുവൻ കത്തിത്തീർന്നാലും നാണയം തൂങ്ങിക്കിടും കണ്ടിട്ടില്ല ഇതിന് ദഗ്ധപടൻ ന്യായം എന്നാണോ അതായത് മുഴുവൻ എരിഞ്ഞടങ്ങിയിട്ടും ബാക്കി നിൽക്കുക അതുപോലെ ചാമ്പലായി കാണുന്നതിന് ദഗ്ധപടന്യായം എന്നാണ് പറയാം അവിദ്യ കാണാൻ അവിദ്യക്കാകാരമില്ല അപ്പോൾ അവിദ്യ അങ്ങനെ ശേഷിക്കുന്നു എന്ന ആശങ്കയ്ക്കും സ്ഥാനമില്ല ഒന്ന് നശിക്കുമ്പോൾ അതിന്റെ ജാതിത്വം നശിക്കാതിരിക്കുന്നത് പോലെ ഗോവിന്റെ ഗോത്വം അവിദ്യ നശിച്ചാലും അതിന്റെ മറ്റൊരു കാര്യം നിലനിൽക്കാം അവിദ്യാശക്തി അനേകവിധമാണെന്ന് ഉപനിഷത്തുകൾ അനേകം തവണ പറയുന്നുണ്ട് അവിദ്യ അനേക പ്രകാരത്തിൽ കൂടെ പരമാത്മാവ് അറിയപ്പെടുന്നു അവിദ്യയ്ക്ക് അനേക ശക്തികളുള്ളതുകൊണ്ട് ജ്ഞാനപ്രാപ്തിക്ക് നിരോധകരമായ അവിദ്യാശക്തി മാത്രം ജ്ഞാനോദയത്തിൽ നശിക്കുന്നു അപ്പോൾ അവിദ്യാശക്തി വേറൊന്ന് നിലനിൽക്കുന്നു ഇങ്ങനെ കരുതുകയാണ് നല്ലത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ് ജീവൻ മുക്തന്റെ സംസാരപ്രതിഭാസ കാരണമായ ലേശാവിദ്യ സ്വപ്നം പോലെ അവിടെ സുഖദുഃഖ പ്രതിഭാസം തുടരും മധുസൂദന സരസിയുടെ അനുഭവത്തിന് ഈട്വയ്പ്പ് കൂടുമെന്ന് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഭൂ എസ് ചാന്തി എന്ന ആ സന്ദേശത്തെ ചേർത്തുവെച്ച് നോക്കിയാൽ എളുപ്പം മനസ്സിലാവും അവിദ്യാലേശവും തോടെ വിദേഹ കൈവല്യം ലഭ്യമാകുന്നു ബ്രഹ്മസിദ്ധിയിലും അവിദ്യാലേശം സ്വീകരിച്ച് അവിദ്യാലേശാംഗീകാരുന്നു ഇനി സർവജ്ഞാത്മമുനിയും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട് അവിദ്യാലേശവും അതിന്റെ അനുവൃത്തിയും ജീവൻമുക്തനിലുള്ളതുകൊണ്ട് അനുഭവികളായ ഗുരുക്കന്മാരിൽ നിന്നും ഉപദേശപരമ്പര തുടരുന്നു ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് ശങ്കരനും പറയുന്നുണ്ട് ഈ രംഗത്ത് പത്താം ശ്ലോകം സമയം നാലുമണിയായി ഒരല്പം സ്പീഡിൽ പോകാമെന്ന് അല്ലെങ്കിൽ ഇനി ഒരു ക്ലാസ് കൊണ്ടെങ്കിലും തീർന്നില്ലെങ്കിൽ മര്യാദ കേടാണ് ഇപ്പം മൂന്നാമത്തതാണെന്ന് ആണോ മൂന്നാമത്തതാണ് ഒരു ദിവസം ഫുൾ ആയിട്ട് എടുത്തിട്ട് ഒരു മൂന്നാല് ശ്ലോകം എടുത്തില്ലെങ്കിൽ ഇപ്പം നമ്മൾ മൂന്നെണ്ണം എടുത്തു അല്ല നാലെണ്ണം എടുത്തു അപ്പൊ കുഴപ്പമില്ല അതഞ്ചാമത്തത് പത്താമത്തതാവുമ്പോ ഇന്ന് അഞ്ചാമത്തതാവും അത് ചൊല്ലിതാണ് അതുകൊണ്ടാവും തുടങ്ങി വെക്കുകയെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചാ മൂന്നൂടെ ചൊല്ലിയേക്കാം പത്രം സത്യത്തിലില്ല യുലകം സകലം വിവേക വിധ്വസ്തമായ വിറകും വിലസുന്നുമുമ്പോൾ നിസ്തർക്കമായി മരുവിലില്ലി ഹീരമെന്ന് സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം സത്യത്തിൽ ബ്രഹ്മവസ്തുവിൽ വിധ്വസ്തമായ പിറകും ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് ബോധ്യമായ ശേഷവും ഈ ലോകമില്ല എന്നുറച്ചു കഴിഞ്ഞു വിലസുന്നു കാണപ്പെടുന്നു നിസ്തർക്കമായി സംശയരഹിതമായി മരുഭൂമിയെ നല്ല പരിചയമുള്ളവൻ മരുഭൂമിയിൽ പോയി കാനൽ ജലം അന്വേഷിച്ചു ആ സ്ഥാനത്തെത്തി അവിടെ വെള്ളമില്ല എന്നുറപ്പാക്കി തിരിച്ചു വന്നു നോക്കിയാൽ പണ്ടേ പോലെ ആ ജലവട അതുപോലെ കാണുമെന്ന നാമരൂപങ്ങൾ താൽക്കാലികങ്ങളാണ് എല്ലാ നാമരൂപങ്ങൾ അതിന് വസ്തുസത്തയൊന്നും ഇല്ല വസ്തു ഉള്ളതുകൊണ്ടല്ല കാണപ്പെടുന്നത് ബോധം മാത്രമാണ് കാണപ്പെടുന്നത് ഈ ഒരു സത്യം അറിയുന്നത് വരെ മനുഷ്യൻ വഴക്കുണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ജീവിതത്തിൽ ഈ ബോധം വരുന്നതിനാണ് വേദവേദാംഗങ്ങളൊക്കെ പഠിക്കുന്നത് ഗാർഹസ്ഥ്യമോ ബ്രഹ്മചര്യമോ സന്യാസമോ വാനപ്രസ്ഥമോ എന്ത് തന്നെ ആനന്ദപ്രദമാകണമെങ്കിലും ഈ സത്യമറിയും ഇതുള്ളതാണെന്ന് എനിക്ക് തോന്നുകയും ഇതില്ലാത്തതാണെന്ന് അന്യനൊരുത്തൻ പറയുകയും ഇതാണുള്ളതെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതെല്ലാം ദുഃഖമാണ് അതുകൊണ്ട് വസ്തുസത്തയെന്നൊന്ന് ഒന്നിനുമില്ല ഈ ലോകത്ത് നടക്കുന്ന ലോകം എന്ന വ്യവഹാരപൂർവകമായ പദ്ധതികൾക്കൊന്നിനുപോലും കാരണമില്ല പ്രിയത്തിന് യാതൊരു കാരണവുമില്ല അപ്രിയത്തിന് യാതൊരു കാരണവുമില്ല കാരണമില്ല എന്നറിയുന്നതിന് പകരം കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഊഹങ്ങൾ പെരുകുന്നത് പ്രപഞ്ചം വളരുന്നത് വളരുന്ന പ്രപഞ്ചത്തിൽ ദുഃഖങ്ങൾ പെരുകും എന്തും കാരണമാണ് ഒന്നും ഒന്നും കാരണമല്ല പലപ്പോഴും നിങ്ങൾ ഈ ലോകത്തുണ്ടാക്കുന്ന എല്ലാ ഹിംസാത്മകങ്ങളായ പദ്ധതികൾക്കും അജ്ഞാനമാണ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തുകൂട്ടിയതിനൊക്കെ ന്യായങ്ങൾ അത് കഴിഞ്ഞാണ് പറയുന്നത് അത് വലിച്ചുകൊണ്ടിരുക ഒന്നിനും കാരണമില്ല ഈ അറിവാണ് വിവേകം വിവേകം ഉദിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ചിലർക്ക് ഉദിക്കും ഇതിനൊന്നിനും കാരണമില്ല എന്നറിയും അതുകൊണ്ടവർ ഒന്നിനാലും ഇളകിയാടില്ല വിവേകമുണ്ടാകുന്നതോടെ പ്രപഞ്ചമില്ലാതാവും ആത്മസ്വരൂപനായ തന്നിൽ പ്രപഞ്ചസ്വരൂപത്തിലുള്ള ജടത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്നും ബോധ്യമാവും എന്നിരുന്നാലും ിലനിൽക്കുന്നതുവരെ ജ്ഞാനിക്ക് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ് ദിഗ്ഭ്രമം വെടിഞ്ഞാലും അത് കുറെക്കാലം സംസ്കാരം കൊണ്ട് തുടരുന്നത് സത്യം സാക്ഷാത്കരിച്ചവന് നാമരൂപാത്മകങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചം ഇല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും അതൽപ്പം നിലനിൽക്കും അപ്പോൾ ലൗകികന്റെ മാതിരിയല്ല കാണുന്നത് എന്ന വ്യത്യാസം കാണും ജ്ഞാനിക്കും ലൗകികനും ഒരേ കാഴ്ചയിൽ രണ്ടനുഭവമാണ് അത് ലൗകികൻ നോക്കിയാൽ തിരിച്ചറിയുകയുമില്ല ലൗകികൻ മിഥ്യാധാരണയിൽ നിന്ന് തനിക്കെന്തൊക്കെയോ ഇവിടെ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി കർത്തൃത്വവും ഭോക്തൃത്വവും നിറഞ്ഞ് ചെയ്യുമ്പോൾ ജ്ഞാനിയാകട്ടെ കർമ്മത്തെ ഭോക്തൃത്വമില്ലാതെ സർവകർമ്മത്യാഗത്തിനു മുതിർന്ന ചെയ്യുന്നു ഇതാണ് വ്യത്യാസം രണ്ട് തമ്മിലുള്ള അന്തരമിത പ്രപഞ്ചത്തിനൊരിക്കലും പരമാർത്ഥസത്തയില്ല എന്ന് പറഞ്ഞാൽ പാരമാർത്ഥികമായി പഠിക്കുമ്പോൾ ലോകമില്ലാതാവും ഇതിനൊരൽപേരമിരുന്ന് പ്രപഞ്ചത്തെ അഴിച്ചാൽ മതി ഏത് വസ്തു എടുത്തഴിക്കുക അഴിച്ചാൽ അത് അണുവാകും ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായി അണുക്കളുടെ സംയോഗമാണ് അവയും പുനരുറ്റുനോക്കിയാൽ അവഭാസിക്കുമാഖണ്ഡബോധമായി വിശ്വം ദർപ്പണദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം ഈ വിശ്വത്തിന്റെ വിസ്താരം എത്രയുണ്ട് ശങ്കരനുത്തരം കൃത്യമായി പറയും എത്ര വലിപ്പുണ്ട് ചിന്മാത്ര വിസ്തരിതം ഒരുവന്റെ ചിപ്രകാശം എത്ര വിസ്തൃതമാണോ അതാണ് ഇതിന്റെ വിസ്താരം ചിന്മാത്ര വിസ്താരിതം അതുകൊണ്ട് ജ്ഞാനാകാരവൃത്തി ഉളവാകുന്നതോടെ ഈ ലോകം ഈ പ്രപഞ്ചം വിധ്വസ്തമായി സമാധിയിൽ വിശ്വം വിശേഷരൂപത്തിൽ നിഷേധിക്കപ്പെട്ടു അവിടെ അദ്വൈതാനുഭവം മാത്രമാണുള്ളതെന്ന് നാലാം ശ്ലോകത്തിൽ നമ്മൾ പറയുകയും ഇത് ജ്ഞാനിയുടെ വിധ്വാന അവിടെ വിധ്വസ്തമായ പിറകും മുൻപോൽ സകലം വിലസുന്നു ഇത് ജ്ഞാനിയുടെ വ്യുത്ഥാന ദശയാണ് അപ്പോൾ ദ്വൈതവ്യവഹാരം ജ്ഞാനിയിൽ പ്രകടമാകുന്നുണ്ട് ഈ അവസ്ഥയ്ക്ക് പ്രാരബ്ധേഷം എന്നാണ് പറയുക നേരത്തെ ആരംഭിച്ചത് മരുഭൂമിയിൽ ജലമില്ല എന്നുറപ്പായി കഴിഞ്ഞും അവിടെ ജലത്തിന്റെ പ്രതിഭാസമുള്ളതായി കാണും അതുപോലെ ജ്ഞാനോദയമുണ്ടായി ദൃഢമായ അദ്വൈതബോധമുദിച്ച് പ്രപഞ്ചം മിഥ്യയാണെന്ന് പ്രകടമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞും ജ്ഞാനിക്ക് ബാധിതാനുവൃത്തിയുണ്ടാവും അജ്ഞാനം അതിന്റെ കാരണത്തോടെ നശിച്ചു സമാധിയിലില്ലാതെയുമായി മൂല അജ്ഞാനം വിദ്വാനമുണ്ടായാലും ഞാനിക്ക് യാതൊരു ഭ്രമവും ഉണ്ടാക്കില്ല ഇങ്ങനെ ഉണ്ടാകുന്ന വിദ്വാന ദശ ജ്ഞാനഭൂമികയിൽ നാലാമത്തതാണ് ഇതിന്റെ ഭൂമികയെയും പറയും സമയം നാല് പത്തേഴ് നേരാണല്ലോ ലെ രണ്ടൊന്ന് തീർക്കാൻ പറ്റുമോ ആ ശ്ലോകം എന്ന് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചാ ഇല്ലേ കൺക്ലൂഡ് ചെയ്യണല്ലോ ചോദിച്ചു ജ്ഞാനത്തിന് പല ഭൂമികകളും ശുഭേച്ഛ സുവിചാരണ തനുമാനസത്വാഭക്തി അസംസക്തി പദാർത്ഥാഭാവനി തുര്യക ഇവ ജ്ഞാനഭൂമികകളാണ് ഇതിൽ നാലാമത്തെ ഭൂമികയാണ് സത്വാപത്വം ആ ഭൂമികയിലാണ് ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബം പോലെ വിശ്വം കാണുക വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി ഇത് നാലാമത്തെ ഭൂമികയിലാണ് കാണുന്നത് തന്റെ ഉള്ളിൽ കണ്ണാടിയിൽ കാണുന്ന പോലെ ഈ വിശ്വം കാണുക ആ ഭൂമികയിലെത്തിയാൽ ഒന്നും അന്വേഷിക്കേണ്ട ഉണ്ടായി മറയുന്ന ഈ വിശ്വം അതിന്റെ പ്രതിബിംബം തന്റെ ഉള്ളിലുണ്ടാവും ആ ഭൂമികയിലിരിക്കുമ്പോൾ കാണേണ്ടതൊക്കെ കാണും അത് പ്രതിബിംബം പോലെയാണ് കാണുക അങ്ങനെ ഈ പ്രപഞ്ചബോധമുണ്ടാവും അങ്ങനെ പ്രപഞ്ചം ദർപ്പണദൃശ്യമാനമെന്നറിഞ്ഞ് വിലസാൻ കഴിയും കർത്തൃത്വാഭിമാനം ഫലേച്ഛ ശോകമോഹം ജീവസൃഷ്ടി വൈചിത്ര്യങ്ങൾ എന്നിങ്ങനെ എല്ലാ ദ്വൈതവും ഈ അവസ്ഥയിൽ സത്വാപക്തിയിൽ അസ്തമിക്കും ഈ സത്വാപക്തി ഭൂമികയിൽ ഉലകും വിധ്വസ്തമായിത്തീരും ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നമെന്ന പോലെ പ്രതിഭാസിക്കുന്നുണ്ട് ഇവിടെ മനോനാശം ജ്ഞാനിക്കനുഭവമാണ് മൃതമനസ് ഇതാണ് സമാധിയുടെ കവാടം പ്രാരബ്ധം കാരണമായി ജാതി ആയുസ് സുഖദുഃഖങ്ങൾ എന്നിങ്ങനെ ഫലദായകങ്ങളായ കർമ്മങ്ങളുടെ ഫലദാതൃത്വശക്രിയെ ജ്ഞാനം എതിർക്കുവാൻ പര്യാപ്തമല്ല അതെല്ലാം സമഷ്ടിയിൽ ചേർന്ന് നിൽക്കുന്നതാണ് പ്രാരബമാവഴിയിൽ കിടക്കും തേഹി ലോകേ മഹാജ്ഞാന തച്ച ലോകേ നഗാഹതേ ശോകമോഹരഹിതമായ പരമാനന്ദാവസ്ഥയെ അറിഞ്ഞ് അനുഭവിക്കുന്നവർ ആരായാലും അവർ തന്നെ ഈ ലോകത്തിൽ മഹാന്മാരായ ജ്ഞാനികൾ വേദാന്ത വിജ്ഞാനസുനിശ്ചിതാർത്ഥന്മാർ അവരാണ് ഈ ലോകത്തിലെ മഹാപുരുഷന്മാർ ജ്ഞാനമില്ലാതെ ഭേദവ്യവഹാരത്തിൽ ജടിലരായി സുഖിച്ചും ദുഃഖിച്ചും പുനരഭിജനനം പുനരഭിമരണം ഇങ്ങനെ കഴിയുന്നവർക്ക് ഈ ജ്ഞാനം കൈവരില്ല ഇത് കൈവന്നവരാണ് അനുഗ്രഹീതന്മ ജീവിച്ചിരിക്കുന്ന ജ്ഞാനിയുടെ കർത്തൃത്വം ഭോക്തൃത്വം സുഖം ദുഃഖം മുതലായ ചിത്തധർമ്മങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധത്തിന്റെ ബുദ്ധിപൂർവകമായ വേർപാടിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ക്ലേശമുണ്ടാക്കുന്ന ചിത്തധർമ്മങ്ങളെയാണ് ബന്ധമെന്ന് പറയുന്നത് അത് ജ്ഞാനിക്കില്ല മിഥ്യയായ ദേഹം മുതലായതിന്റെ പ്രതിഭാസവും കർത്തൃത്വം തുടങ്ങിയതിന്റെ ബന്ധവും ജ്ഞാനിയെ ജീവൻമുക്താവസ്ഥയിലും ജനകനെപ്പോലുള്ളവർക്ക് വിദേഹമുക്തിയുണ്ടെന്ന് ശങ്കരനും പറയുന്നുണ്ട് അപ്പോൾ പ്രാരബ്ധമാണ് ബാധിതാനുവർത്തിക്ക് കാരണം അതുകൊണ്ട് ഗുരുദേവൻ പ്രാരബ്ധം ജ്ഞാനിയെയും വലയ്ക്കുമെന്നറിഞ്ഞ് ആ വഴിയിലുള്ള ജ്ഞാനികൾക്കുവേണ്ടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് വലിയൊരഹന്ത വര വരം തരയണം ജ്ഞാനം കൈവരുമ്പോ ജ്ഞാനിയാണെന്നൊരു അഹന്തവ് അതിൽ പതിക്കാതിരിക്കാൻ ടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് എതിൽ ഏതിൽ വലിയൊരകന്തവര വരം തരയണം ആത്മോപദേശ ശതകത്തിൽ ഭംഗിയായി പ്രാർത്ഥിക്കുന്നു അത് ധ്യാനാത്മകമായ കാവ്യമാണ് ജ്ഞാനത്തിന്റെ ഭൂമികയിൽ ഞാനൊക്കെ വരാതെ തന്നെ ഞാൻ ജ്ഞാനിയാണെന്ന് ഇതിലേതെങ്കിലും ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ തോന്നിപ്പോകും പഠിക്കൊന്ന പ്രാണലയവും വരുത്തണ്ട പെട്ടെന്ന് തോന്നിപ്പോവും അപ്പൊ അത്ര ഇതായിട്ടിരിക്കെ വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഗുരുദേവനും മറ്റും പ്രാരബ്ധത്തിൻ്റെ ഈ തലമറിഞ്ഞ് ജ്ഞാനിയെ പ്രാരബ്ധം വലയ്ക്കും എന്ന് മനസ്സിലാക്കി വലിയ ഒരഹന്ത വരാത്ത ജ്ഞാനമൊന്നുമില്ലെങ്കിൽ തന്നെ അഹന്ത വരും ശരിയല്ല ഒരു ജ്ഞാനിയുടെ കൂടെ ഒരാഴ്ച നടന്നാൽ മതി ഒരു പാപ്പാന്റെ അഹന്തയുണ്ട് ശരിയല്ല ഏ ആനക്കല്ല അഹങ്കാരം അല്ലേ പാപ്പാനാണ് അഹങ്കാരം നീ കൊമ്പയിലൊക്കെ പിടിച്ചു ഞാൻ നടക്കുന്നതാണ് കണ്ടില്ല എവിടെ സെറ്റ് ചെയ്യാനെ കണ്ടിട്ടില്ല കൊണ്ട് ഇങ്ങനെ കറങ്ങുന്ന പാപ്പാൻമാരുണ്ട് ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ ലെ കയ്യില് വളരും തോട്ടിയോക്കുകയായിരുന്നു പക്ഷെ ഇതൊന്നും പ്രയോജനപ്പെടാതെ വരും ഈ ചില ആനയ്ക്ക് മതം പൊട്ടിക്കഴിഞ്ഞാൽ മാതങ്കലിയിലെ പിടിച്ചിട്ടില്ലെങ്കില് പാപ്പാന്റെ കാര്യം കഷ്ടത്തില ശരിയല്ല ഏ മുമ്പ് അഹങ്കരിച്ചതിന്റെ ഒക്കെ പണി അനതിർത്ത് കൊടുക്കും ചിലപ്പം അതുകൊണ്ട് അഹങ്കാരം സാധാരണക്കാരന് പോലും വളരെ വലുതാണ് അങ്ങനെ ഇരിക്കെ ജ്ഞാനം അത് പ്രതിബന്ധത്തെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആത്മോപദേശതകത്തിൽ വലിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് വലിയൊരഹന്ത വരാവരം തരയണം സംസ്കാരപ്രേരിതമായ ചിത്തത്തിന്റെ വിനാശം മനസ്സെന്ന് പറയുന്നത് സംസ്കാരങ്ങളുടെ തിരതള്ളലാണ് വൃത്തി രൂപമാണ് ഈ വൃത്തികള് അനുസ്യൂതമുണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ചിത്തം നശിച്ചാൽ മാത്രമേ മനഃശാന്തി കിട്ടൂ അതീവ ബലമുള്ള ചിത്തശക്തി കൊണ്ട് ബലവത്തായ സംസ്കാരത്തിൽപ്പെട്ടിരിക്കുന്ന കീഴ്പ്പെടുത്തണം ഇതും വേറെ ആരുമില്ല മനസ്സിനെ മനസ്സിനെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തണം ഉദരേത് ത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മവ്യഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മന മനേവ മനുഷ്യണ കാരണം ബന്ധമോക്ഷയോ മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ പിടിക്കണം മനോനാശം നേടണം ശയില് വ്യുദ്ധാനോധ സംസ്കാരോരഭിഭവ പ്രാദുർഭാവോ ചിത്ത നിരോധപരിണാമ ചിത്തനാശം തന്നെ മനോനാശം ചിത്തത്തിന്റെ വൃത്തിരൂപം വെടിഞ്ഞ് നിരോധരൂപ പരിണാമത്തെ സ്വീകരിക്കുന്ന ചിത്താവസ്ഥ അതാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ ശ്ലോകം എടുത്തവ പറഞ്ഞു നിരോധത തന്നെ പിടിക്കണം സർവവൃത്തി നിരോധം അത് മനോനാശകമാണ് ഈ യോഗസൂത്രം കൊണ്ട് ചിത്തത്തിന്റെ വ്യുദ്ധാന സംസ്കാരത്തെ തടയാം തുടർന്ന് ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥബലം കൊണ്ട് അവിടെയാണ് പുരുഷാർത്ഥത്തിന് പ്രസക്തി വരുന്നത് പ്രാരബ്ധത്തെ പുരുഷാർത്ഥം കൊണ്ട് ജയിക്കണം ധർമാർദ്ധ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥബലം ഉപയോഗിച്ച് സമാധി അഭ്യസിച്ച് രാഗദ്വേഷാത്മകമായ വ്യുദ്ധാന സംസ്കാരത്തെ ഫലോന്മുഖമാക്കാതെ തടയാം എടുത്തുകളയാം അഭ്യാസബലം കൊണ്ട് ജ്ഞാനിക്ക് ദൃഷ്ടഫലമായ ജീവൻമുക്തി സുഖം സിദ്ധമാകുമെന്ന് ഉറപ്പാണ് ജ്ഞാനോദയം കൊണ്ട് തന്നെ അദൃഷ്ടഫലങ്ങൾക്ക് പ്രയോജനവും ഇല്ലാതായി ശ്രവണ മതി അദൃഷ്ടഫലമില്ലാതാകാൻ വിവരണകാരൻ പറയുന്നുമുണ്ട് എന്നാൽ പ്രാരബ്ധവേഗങ്ങളെ ശാന്തമാക്കുന്നതിന് ദൃഷ്ടപ്രയോജനമായ ജീവൻ മുക്തി സിദ്ധമാക്കാൻ ഈ പ്രയത്നം അനിവാര്യമാണ് ഇതിനൊട്ടേറെ ഉദാഹരണങ്ങൾ ഉണ്ട് യാജ്ഞവൽക്യൻ ഞാനേ ആയിട്ടും രണ്ടു ഭാര്യമാരുണ്ടായിരുന്നിട്ടും ജനകന്റെ രാജധാനിയിൽ ചെന്നിട്ടും പശുധനമാഗ്രഹിച്ചു അതുകൊണ്ട് ഒടുവിൽ അദ്ദേഹം തന്റെ പുരുഷാർത്ഥം കൊണ്ട് വിദ്യുത് സന്യാസം സ്വീകരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു ഞാനിതെല്ലാം വിട്ടുപോവാണ് കാരണം അതിന്റെ നിസ്സാരഥ ബോധ്യമായി എന്ന് തന്നെയല്ല ജനകരാജാനിയിൽ വെച്ച് ഏറ്റുമുട്ടുമ്പോ ശാകല്യനോട് മൂർധാതേ വിഭിശിഷ്യതി നിന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞു പൊട്ടിത്തെറിക്കുകയും ചെയ്തു ആ പോയില്ല ശാവാസ്ത്രമായ പൊട്ടിത്തെറിയുകയും ചെയ്തു ജ്ഞാനം കൈവന്നിട്ടും യോഗവാസിഷ്ടത്തിൽ രാമൻ വസിഷ്ഠ മഹർഷിയുടെ പാദാന്തികത്തിലിരുന്ന് പഠിക്കുന്നു ജ്ഞാനിയായ സുഗൻ വിദേഹരാജധാനിയിൽ ചെന്ന് മിഥിലാധിപനെ കാണുന്നു പഠിക്കുന്നു പ്രാചീന ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട് ശ്രവണം മുഖ്യസാധനമെങ്കിലും തത്വജ്ഞാനവും മനോനാശവും വാസനാക്ഷയവും അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം പാത്രം പതിവായി കഴിയുകൊണ്ടിരിക്കണം ഇല്ല ക്ലാവ് പിടിക്കും ഒരു ദിവസം കഴിയില്ലെങ്കിൽ ഇപ്പൊ ജ്ഞാനിയായി ജപമൊക്കെ നിർത്തി ധ്യാനമൊക്കെ നിന്നു ഇപ്പൊ ജ്ഞാനിയായിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ചിലപ്പം അഖ്യാനമായി മാറും അതുകൊണ്ട് സദാ സർവതായി എന്ന് തേച്ച് അതിനുള്ളൊരു സൂചനയുമാണ് പ്രാരബ്ധം പലർക്കും പലതരത്തിലാണ് എല്ലാവർക്കും ഒന്നും ഒരുപോലല്ലിരിക്കുന്നത് അതുകൊണ്ട് ജ്ഞാനികളുടെ പ്രാരബ്ധം പലതരത്തിലാണ് എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല ചിലരെ രാജ്യഭാരമാകാത്തിരിക്കുന്ന ജ്ഞാനം വന്നിട്ടും അതാണ് ജനകന്റെയൊക്കെ ഉദാഹരണം ജനകനൊക്കെ രാജ്യഭാരമാ പ്രാരബ്ധമായി വന്നു ജ്ഞാനം കൈവന്നിട്ട് ഭരിക്കുക പണിയാണ് ചിലർക്ക് യുദ്ധമാണ് പ്രാരബ്ധമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ യുദ്ധക്കളത്തിലേക്കാവുകൊണ്ടിരുന്നത് ചിലരെ യുദ്ധമാകാത്തിരിക്കുന്നു ചിലയാളുകൾക്ക് ജ്ഞാനം വരുമ്പോൾ ശാസ്ത്രോപദേശമാകാത്തിരിക്കുന്നു പലരെയും പലതരത്തിലാണ് ചിലരിൽ ഭൂതതയെയാണ് അനുകമ്പ മറ്റ് ചിലരിൽ പരോപകാരമാണത് അതുകൊണ്ട് തിരിച്ചറിയാൻ വലിയ പാടാണ് രണ്ട് കഴിയുന്നത്ര ഇതൊക്കെ കാണുന്നിടത്ത് ഐശ്വര്യമുണ്ട് എന്നോർത്ത് വിനയാന്വിതമായി നിൽക്കുകയാണ് ഉചിതം വെറുതെ പോയി ജ്ഞാനമുണ്ടോ ഇല്ലയോ എന്നറിയാതെ വിമർശിച്ച് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് പാവവും ഒന്നും മേടിച്ചുകൊണ്ടുപോലെ പ്രശംസിച്ചില്ലെങ്കിലും ഇനി പ്രശംസിച്ചാൽ അവരജ്ഞാനികളാണെങ്കിൽ ആ പാവം കിട്ടും മനസ്സിലായിട്ട ഏതെങ്കിലും കാരണം നമ്മൾ കാര്യമായി പോയി മഹാൻ മഹാനുഭാവൻ പറഞ്ഞു കടുത്ത അജ്ഞാനിയെ മഹാനുഭാവനാക്കിയതാണ് ആയുസും ആരോഗ്യവും എല്ലാം പോവും അപൂജ്യത്ര പൂജ്യന്തേ പൂജ്യയാം ചെതിക്രമ ചരി ത നശ്യന്തി ആയുർവിദ്യ യശോ ബലം നാലെണ്ണ ഇറങ്ങിപ്പോ കടുത്ത പണിയാണ് അപൂജ്യനെ പൂജിച്ചു പോയാൽ പൂജ്യയ്ക്ക് യോഗ്യനല്ലാത്ത ഒരുത്തനെ എടുത്ത് പൂജിച്ചാൽ എന്തെങ്കിലും ലൗകികാവശ്യം കൊണ്ട് പൂജിച്ചാൽ വിദ്യ യശസ് ബലം നമ്മുടെ മാത്രമല്ല പോകുന്നത് പിള്ളേരുടെയും കൂടെ പോയി ഇനിയൊരു പൂജ്യനാവഴി വന്നവനെ പൂജിക്കാതെ വിട്ടുപോയാൽ ഇതിനാലും പോവും പൂജ്യനെയും അപൂജ്യനെയും എങ്ങനെ തിരിച്ചറിയും അതിനാണ് ഈ ശാസ്ത്രം പഠിക്കേണ്ടത് നിലനിൽക്കുന്നത് അത് മാത്രമാണ് പലപ്പോഴും പൂർവജന്മ സുഹൃതം കൊണ്ട് വളരെ ഉന്നതങ്ങളായ നിലയിലെത്തിയിട്ടുള്ള ആധുനിക ഭരണാധികാരികളും ചിലരെ ഒന്ന് നിന്ദിച്ചു കഴിയുമ്പോഴേക്കാണ് പിറ്റേഴ്സൺ രാവിലെ പെട്ടിക്കാത്തു കയറുന്നത് ചില പാരമ്പര്യ സ്ഥാനങ്ങളെ നിന്ദിച്ചു കഴിഞ്ഞാൽ പെട്ടിക്കാത്തു കയറും വ്യക്തിയെ നിന്ദിക്കണമെന്ന് പോലുമില്ല ആ പാരമ്പര്യ സ്ഥാനത്തിന് വല്ലാത്ത ശക്തി ഉണ്ടാവും ആവശ്യമില്ലാത്ത പണിയാണ് നമ്മുടെ രണ്ട് രൂപ പോയനായിരിക്കും നമ്മൾ വയലന്റ് ആകുന്നത് എന്തായാലും ഒന്നും ഇടയാവരുത് അതിനാണിതൊക്കെ പഠിക്കുന്നത് വാസനാക്ഷയത്തിന് വിപരീതവാസന സമ്പാദനമാണ് മുഖ്യസാധനം ർശനം പറയും സദ്വാസനകൾ സമ്പാദിക്കുക വാസനാക്ഷയം വരാൻ ആദ്യത്തെ എളുപ്പവഴി മറ്റു വാസനകളിൽ നിന്ന് മുക്തമാകാൻ സദ്വാസനകളെ സമ്പാദിക്കുക അത് മനോനാശത്തിന് പ്രാണായാമമാണ് വഴി അതുപോലെ സന്യാസത്തിൽ ജ്ഞാനികളെ കൃതോപാസ്തിയും അകൃതോപാസ്തിയും എന്ന് രണ്ടായി പറയാം യോഗികളെയും ഇങ്ങനെ തിരിക്കാം ഭക്തന്മാർ കൃതോപാസ്തികളാണ് ഉപാസന ചെയ്യുന്നവരും ചെയ്യാത്തവരും ശ്രവണം മുതലായതുകൊണ്ട് നേടുന്നവർ അകൃതോപാസ്തികൾ വാസിഷ്ഠം പ്രാരബ്ധത്തിന് പ്രാധാന്യം നൽകുന്നില്ല പുരുഷാർത്ഥത്തിനാണ് പ്രാധാന്യം നൽകുന്നത് പ്രാപ്രാരബ്ധത്തിന് പ്രാധാന്യം നൽകുന്നവരുമുണ്ട് അതുകൊണ്ട് വസിഷ്ഠൻ പറയുന്നത് പ്രാരബ്ധമെന്ന് പറഞ്ഞ് സുഖം കട്ട് തിന്നുന്നവരെ അദ്ദേഹം പുരുഷാർത്ഥശാസ്ത്രമുയർത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും കച്ചവട സംഘങ്ങൾക്ക് വസിഷ്ഠൻ എന്നും ഭീഷണിയുമാണ് യോഗവാസിഷ്ടെടുത്ത് പഠിച്ചാൽ മനസ്സിലാവും ബന്ധ നിവൃത്തിക്കും മുക്തിക്കും ജ്ഞാനാമൃതം അറിഞ്ഞനുഭവിക്കുക വാഗ്വിലാസങ്ങളൊന്നുമല്ല ജ്ഞാനനിഷ്ഠ പ്രതിബന്ധങ്ങളുള്ള കാലത്തോളം പണ്ഡിതനായാലും അജ്ഞാനിയാണ് അവിടെ ജീവൻ മുക്തിക്ക് സ്ഥാനമില്ല പ്രതിനിവൃത്ത ഗുണപ്രവാഹം ഭാഗവതം അങ്ങനെയാണതിന് പറയാം ജ്ഞാനിയുടെ ലിംഗശരീരം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ അഞ്ച് ജ്ഞാനേന്ദ്രിയ ശക്തികൾ അഞ്ച് കർമ്മേന്ദ്രിയ ശക്തികൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇങ്ങനെ പത്തൊമ്പതെണ്ണം ആകുന്ന സംസ്കാര ഉപകരണങ്ങൾ അതാതിന്റെ കാരണങ്ങളിൽ ലയിച്ച് ഉപകരണങ്ങൾ ലയിച്ച് മടങ്ങി വരാതായാൽ സത്വം രജസ് തമസ് തുടങ്ങിയ ഗുണങ്ങളും അതിന്റെ കാരണങ്ങളും മുക്തനിൽ നിന്ന് തിരിച്ചു മടങ്ങി പ്രകൃതിയിൽ ലയിക്കും മുക്താവസ്ഥയ്ക്ക് ആത്യന്തിക പ്രളയമെന്ന് മൈത്രീ ബ്രാഹ്മണം പറയുന്നത് ശങ്കരന്റെ ഭാഷ്യമുണ്ട് മുക്തിക്ക് സദേഹവിദേഹഭേദമില്ലാത്തതിനാൽ ജനകനെയും മറ്റും പോലെ ദൃഢമായ അനുഭവമുള്ളവർക്ക് ജീവൻ മുക്തിയിലും വിദേഹമുക്തി അനുഭവപ്പെടാം അഭയം വൈ ജനക പ്രാപ്തൂ എന്ന് ശങ്കരൻ ഭാഷ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ഥിതപ്രജ്ഞാവസ്ഥയിലും വിധിതാവസ്ഥയിലും ഈ ഭേദമുണ്ട് വൃത്തിസ്ഥമായ അറിവിലും ബ്രഹ്മാനുഭവത്തിലും രണ്ട് നിലയാണ് ഉണ്ട് ജീവൻമുക്തന്റെ കർമ്മം മാത്രമേ അലിപ്തമാവൂ മറ്റതെല്ലാം ലിപ്തമാണ് ലോകസംഗ്രഹം അവർക്കു മാത്രമാണ് ആത്മജ്ഞാന പ്രതി ലോകസംഗ്രഹം ആത്മനോമോക്ഷാർത്ഥം ജഗത് ഹിതായു പ്രഹ്ലാദൻ പറയുന്ന ലോകം അവർക്ക് അതിനെയാണ് ഈശാവാസ്യം മാഗൃധ എന്നെടുത്തു പറഞ്ഞിട്ടുള്ളത് അതിന് ഗുരുദേവന്റെ സുപ്രസിദ്ധമായ പരിഭാഷയുമുണ്ട് തോന്നുന്ന ഉപനിഷത്തില് ഈശാവാസ്യം മാത്രമേ ഗുരുദേവൻ തർജമ ചെയ്തിട്ടുള്ളൂ എന്നാണ് കാരണം ഈ സന്ദേശം ഏറ്റവും മനോഹരമായി അവിടെയാണ് കിടക്കുന്നത് എല്ലാ ഫലേച്ഛയും കർത്തൃത്വാഭിമാനവും ഉപേക്ഷിച്ച് ആ അവിടെ എത്തുമ്പോൾ നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറീടിന കാമധേനുക്കളായി അവർ നടനമാടും വള്ളത്തോട് ഒരിക്കൽ ചട്ടമ്പി സ്വാമികളെ കാണാനും ചെല്ലുന്നുണ്ട് അവിടെ ചെന്നപ്പോ കണ്ടത് പറയുന്നത് ശാന്തിയെ ഭജിക്കും അ മുന്നിൽ ചെന്നാൽ ശാർദൂല ഭുജങ്കാദിഹിംസജന്തുക്കൾ പോലും ശിഷ്യർ പോലെ ഒതുക്കത്തിൽ നിൽക്കയെ പതിവുള്ളൂ ഹാതൊഴാം തപോരാശി മർക്കോസിന്റെ സുവിശേഷ എടുത്താൽ സത്യക്രിസ്ത്യാനിയുടെ ലക്ഷണം പറയും പാമ്പിനെ പിടിച്ചാൽ കടിക്കൂല നിങ്ങൾ കാണുന്ന ക്രിസ്ത്യാനികളൊന്നും ക്രിത്യാനികളല്ല നല്ല സത്യക്രിസ്ത്യാനി പാമ്പിനെ പിടിച്ചാൽ പാമ്പ് കടിക്കില്ല കടിച്ച പാമ്പിന്റെ വിഷം അവനേക്കില്ല വിഷം കുടിച്ചാലും ഏക്കില്ല എന്ന് പറഞ്ഞുകൂടെ നാളെ വീട്ടുവന്ന് പാചകമൊക്കെ അടിക്കുമ്പോൾ ഒരു പാമ്പിനെ പിടിച്ചു കാണിക്കാനോ ഒരു വിഷം കുടിച്ചു കാണിക്കാനോ ഒന്നും പറയരുതാകത്തു കാരണം അവന്റെ പണിതിയിൽ അതുകൊണ്ട് ആര് ആ നിലയിലുണ്ടോ അമ്മാതിരി മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ ആരുടെയും കാമക്രോധലോഭമോഹാദികൾ മാറിപ്പോവും എത്രേയന് തേ കഥാ ദൃഷ്ടാ നിർവൈര്യം എത്ര ഭൂതേഷു നോദ്വേഗോ എത്ര കശ്ചന എത്ര നാരായണോ ദേവ ജ്ഞാനികൾക്കു മുമ്പിൽ ഭഗവാന്റെ കഥാമൃതപ്രവാഹവും നിർവൈരഭാവവും ചിത്ത പ്രശാന്തിയും മറ്റും സ്വദേ പ്രകടമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജ്ഞാനമതാണ് ഒന്നിലും മമതയില്ലാതെ ശുദ്ധജലപ്രവാഹം പോലെ അങ്ങനെ മനോനാശം നേടി വാസനാക്ഷയം വന്ന് ജീവൻമുക്തിക്ക് കാരണമായി ജ്ഞാനം നേടിയ ജീവൻമുക്തന്റെ ജീവൻമുക്തിസുഖം നിർബാധമായി തുടരും സമയം നാല് മുപ്പത്തി അഞ്ച് അങ്ങനെ മഹാജ്ഞാനികളെ കാണുവാനും അവരുടെ പാതാന്തികത്തിലിരിക്കുവാനും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും കഴിയുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നാരായണ ഗുരുദേവന്റെ ജ്ഞാനസുധ അദ്വൈത ദീപിക പത്തു ശ്ലോകം വരെ നമ്മളെത്തും പറഞ്ഞതിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അതെന്റെ എൻ്റെത് മാത്രം വല്ലപ്പോഴും രണ്ട് ചീത്ത വിളിക്കണം തോന്നിയാൽ എന്നെ മാത്രം പറഞ്ഞതിൽ നല്ലതും വല്ലതുമൊക്കെ കാണും അല്പം അതെന്റെ അല്ല എന്റെ പൂർവാചാര്യന്മാരുടെ യസ്യത്താണ് ബഹുമാനം അവരുടെ പാദാന്ത്യത്തിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഭരിക്കും വേദപ്പുരുളനവരതം പ്രോജ്വലിക്കുന്ന ദിവ്യസ്വന്തശ്രീപുണ്ട് പദാശ്രിതസുജനതഃഖത്മബോധം വളർത്തി ശാന്താത്മാവ് സദാതസ്മൃതിയൊടുവിലസും ദൈവമേ സദ്ഗുരുനാരായണസ്വാമിതൃപാദപത്മം തൊഴുന്നൻ ഗുരുവരകരുണാലേശമുണ്ടെന്നുവന്നാൽ ഒരുവനുമൊരു കാര്യം സദ്യമല്ലാതെയുണ്ട് പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല വർത്തൽ പരമശിവനദാ ആചാര്യനെ കൈതൊഴുന്ന് ഗംഗാസംഗീതമൗലിയിൽ ഭണികണം കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീചിതറുന്നതിങ്കളും അണിഞ്ഞിടുന്ന കാലാന്ത അങ്കമ്പാദിഗിരീന്ദ്രഗന്യക തനിക്കായിട്ടു നൽകിയിടുവൻ ൂരമരുന്ന ശങ്കരനിക്കറ്റം തുണച്ച